ജീവിതത്തിൻ്റെ പരമലക്ഷ്യത്തെ കാണിച്ചതെന്ന് പരമലക്ഷ്യത്തെ കൈവരിക്കാൻ എന്തൊക്കെയാണ് തടസ്സങ്ങളൊന്നും കാണിച്ചതെന്ന് നമ്മളെ ഒരു വഴികാട്ടി നിന്നുകൊണ്ട് ഈ ഏകാദശ സ്കന്ധം അനുഗ്രഹിക്കുകയാണ് മോക്ഷത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇവിടെ രണ്ട് ഉപാഖ്യാനങ്ങളിലൂടെ ഇത് വിസ്തരിച്ച് പറയണു ഒന്നാമത്തത് വസുദേവ നാരദ സംവാദം എന്ന പേരിലും രണ്ടാമത്തത് ശ്രീകൃഷ്ണ ഉദ്ധവ സംവാദം എന്ന പേരിലും വിസ്തരിച്ചിരിക്കുകയാണ് അതായത് ഭഗവാൻ കൃഷ്ണന്റെ പിതാവ് വസുദേവരുമായിട്ട് നാരദമാഷി നടത്തുന്ന ഒരു സംവാദമാണ് വസുദേവ നാരദ സംവാദം ഭഗവാന്റെ ഏറ്റവും പരമമിത്രമായ ബുദ്ധിസത്തമനായ ബൃഹസ്പതി ശിഷ്യനായ പ്രധാനമന്ത്രിയായി ഉദ്ധവരുമായിട്ട് ഭഗവാൻ നടത്തുന്ന സംവാദമാണ് ഉദ്ധവോപദേശം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഉദ്ധവ സംവാദം എന്ന് പറയുന്നത് ഇങ്ങനെ പതിനൊന്നാം സ്കന്ധത്തിൽ ഈ രണ്ട് ഉപാഖ്യാനങ്ങൾ നമുക്ക് കാണാം ഇന്ന് നമ്മൾ ആദ്യത്തെ ഉപാഖ്യാനത്തിലേക്കാണ് കടക്കുന്നത് ശ്രീകൃഷ് നാരദ വസുദേവ സംവാദം ആ സംവാദം പറയുന്നത് നാരദമാഷി വസുദേവരോടാണെങ്കിലും ഇത് മുമ്പ് നവയോഗികളുമായിട്ട് നടന്ന ഒരു സംവാദമാണെന്ന് റിപ്പോർട്ട് ചെയ്യണം ഏതായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് വസുദേവർ അങ്ങനെ ഒരു സംവാദം നാരദ മഹർഷിയോട് ഒരു ചോദ്യവും ഇതൊക്കെ കേൾക്കാൻ തയ്യാറായതിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലം മുന്നോട്ട് പോയപ്പോ കാലചക്രത്തിന്റെ ആ യാത്രയിൽ വസുദേവർ കാണുന്നു കുടുംബത്തിൽ കുറെ ദുർനിമിത്തങ്ങളും അതുപോലെ ദുരന്തങ്ങളും മക്കളെല്ലാം സ്വാർത്ഥരും മദ്യം കഴിക്കുന്നവരും അങ്ങേയറ്റം ധൂർത്തന്മാരും ഒക്കെ തീർന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കുലം പോലും ഇങ്ങനെയുള്ള ധൂർത്തന്മാരെ കൊണ്ട് നിറഞ്ഞുവെന്നാണ് ഏതൊരു കുലത്തിൽ അവതരിച്ചിട്ടാണോ ഭാരതത്തിന്റെ ഈ ശാപം അതായത് ധൂർത്തന്മാരായ ദുഷ്ടന്മാരായ രാജാക്കന്മാരെയൊക്കെ വധിക്കാൻ ഭഗവാൻ നിശ്ചയിച്ചത് ഭഗവാൻ പിന്നീട് തിരിച്ചറിഞ്ഞത് തന്റെ കുലം തന്നെ ഈ ഭൂമിക്കൊരു ഭാരമായി തീർന്നാണ് അവരുടെ സ്വാർത്ഥന്മാരും മത്സരബുദ്ധികളും ഉള്ളവരായി തീർന്നു നിശ്ചയിച്ചു താൻ ഇവരെ നിലനിർത്തിക്കൊണ്ട് പോയിക്കഴിഞ്ഞാൽ നാളെ ഈ ഭൂമിയെ നശിപ്പിക്കാൻ എന്റെ മക്കളായിരിക്കും പേരക്കുട്ടികളായിരിക്കും അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഒരു ഫൈനൽ കിക്ക് കൊടുക്കാനുണ്ട് എന്ന് വെച്ചാൽ ആ കുലത്തെ കൂടി തട്ടി മാറ്റേണ്ടതുണ്ട് അങ്ങനെ താൻ അവതരിച്ച കുലം തട്ടി ഈ ഭൂമിയിൽ നിന്ന് പോയ അവതാരമൂർത്തിയാണ് ഭഗവാൻ കൃഷ്ണൻ തമാശയായിട്ട് പറയും ഭഗവാൻ ഇവിടെ നിന്ന് മുമ്പ് യാദവ വംശം മുഴുവൻ തട്ടി മാറ്റാൻ നിശ്ചയിച്ചു അങ്ങനെ അതിനുവേണ്ടി അതൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ കാണും നാളെ മറ്റന്നാളല്ല നാളെ വരും ആ കുലത്തിന്റെ നാശമൊക്കെ അങ്ങനെ ആ തട്ടി മാറ്റിയപ്പോ രണ്ട് യാദവന്മാർ ബാക്കി ബാക്കി എല്ലാവരും അതിൽ പോയി അവരാണ് ഒന്ന് ലാലു പ്രസാദ് യാദവെന്ന് പോല സിങ്തോ ഈ ഭൂമിയെ ശരേഖത്തരാ എന്ന് പറഞ്ഞിട്ട് വന്ന് ആൾക്കാരാണ് ഈ ഒരു രണ്ടുപേര് അപ്പൊ രണ്ട് യാദവ അത് യാദവംശത്തെ തട്ടി മാറ്റാൻ നിശ്ചയിച്ചു എങ്ങനെയാണത് തട്ടി മാറ്റാൻ നിശ്ചയിച്ചത് ഭഗവാൻ തന്നെ തട്ടിയോ ഇല്ല അവരെയാണ് പിന്നെയോ ആ കുലത്തിന്റെ നാശത്തിന് വേണ്ട കാര്യങ്ങൾ ആ കുലത്തിൽ തന്നെ ഉണ്ടായി എന്താണത് നൈവാന്യ പരിപോസ്യഭുവോഹനസ്യം അന്തക്കലി കുലസ്യോ സ്തംഭസ്യപ്രകാരമാണോ കാട്ടിൽ ശക്തമായ കാറ്റ് വരുമ്പോ വൃക്ഷങ്ങൾ പരസ്പരം ഉരസിക്കൊണ്ട് അതിൽ നിന്നും അഗ്നി ഉണ്ടായി കാട് മുഴുവൻ അതുപോലെ തന്റെ വംശത്തെ തമ്മിലടിപ്പിച്ച് കുലം നശിപ്പിക്കാൻ ഭഗവാൻ നിശ്ചയിച്ചു എങ്ങനെയാണ് കുലം നശിച്ചത് ഒന്ന് കാറ്റുണ്ടെങ്കിലേ മരങ്ങൾ ഒരസുള്ളൂ ഇതുപോലെ കാറ്റിന്റെ രൂപത്തിൽ ഒരു കുലത്തെ നശിപ്പിക്കുന്നതാണ് സ്വാർത്ഥത എന്ന് പറയുന്നത് എപ്പോ മനുഷ്യ മനസ്സിലേക്ക് സ്വാർത്ഥത വന്നോ ക്രോധം പുറത്തേക്ക് വന്ന് കുലം നശിക്കുന്നതാണ് സ്വാർത്ഥതയും ക്രോധവുമാണ് ഒരു കുലത്തെ നശിപ്പിക്കാനുള്ള എല്ലാ സാധനങ്ങളും സാമഗ്രികളും എന്ന് നമുക്ക് കാണാം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലൊക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്നു കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയില്ലാതെ ജീവിക്കുക എന്നാണ് അങ്ങനെയാണല്ലോ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവനവന്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കലാണല്ലോ നിസ്വാർത്ഥത എന്ന് പറയുന്നത് അങ്ങനെ ജീവിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീട് മനുഷ്യൻ സ്വാർത്ഥതയിലേക്ക് തിരിഞ്ഞു അവനവന്റെ സുഖത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോ മറ്റുള്ളവരുമായി പൊരുത്തപ്പെടാതെ വന്നു അങ്ങനെ അങ് ആ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ പോയിട്ട് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നു ഞാനും എന്റെ കിട്ടിയോളും ഉള്ള കുട്ടികളും അതിനപ്പുറം ന്യൂക്ലിയറിന് ചിന്തിക്കാൻ സാധ്യല്ല എന്നിട്ട് നോക്കൂ ഒരു വീടുണ്ടാക്കണോ അതിൽ രണ്ടോ മൂന്നോ മുറികൾ വയ്ക്കണോ രണ്ട് രണ്ട് കുട്ടികളെ ഉണ്ടാവുള്ളൂ പണ്ട് ആറും ഏഴും മക്കളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മക്കൾ ഈ രണ്ട് മക്കൾ തന്നെ വളർന്നു വരും തോറും സ്വാർത്ഥത കൂടിയിട്ടാണ് വരുന്നത് പിന്നെ അവരടുക്കുന്നത് പേരം അകലുന്നതാണ് കാണുന്നത് നോക്കൂ സ്വാർത്ഥതയ്ക്ക് മനുഷ്യനെ എത്ര മാത്രം അകറ്റാൻ സാധിക്കുന്നുള്ളത് ഇന്നിപ്പോ ജോലിയും മറ്റൊക്കെ കൊണ്ട് മറ്റു നാടുകളിൽ പ്രവർത്തിക്കുന്നുകൊണ്ട് കുഴപ്പമില്ല എല്ലാവരൊന്ന് വീട്ടിലിരുന്ന് നോക്കട്ടെ ആയുധങ്ങൾക്ക് വേറെ എവിടെയും പോണ്ടിയില്ല വീട്ടിൽ തന്നെ ഉണ്ടാവും വലിയ യുദ്ധം എന്ന് പറയാണ് ഇന്നിപ്പോൾ നമുക്കിങ്ങനെ പറയാം ഒരാൾ സ്റ്റേറ്റ്സിലാണ് മറ്റാള് ബോംബെയിലാണ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം കാരണം ഉപദ്രവം ഉണ്ടാക്കില്ലേ അവർ വന്നിട്ട് രണ്ടുപേരൊന്നും ഒരേ വീട്ടിൽ നോക്കട്ടെ അപ്പൊ കാണാം ഒരാൾ ചട്ടുകെടുക്കും ഒരാൾ വഴിയെടുക്കും ആയുധം അതുകൊണ്ട് സ്വാർത്ഥതയും ക്രോധവുമാണ് ഒരു വംശത്തെ നശിപ്പിക്കുന്ന അങ്ങനെ ഭഗവാൻ നിശ്ചയിച്ചു കുലത്തിന്റെ അന്ത്യം അടുത്തു തുടങ്ങി ഓരോ ദുരന്തങ്ങളും ദുഃഖങ്ങളും വരാൻ തുടങ്ങി ഇതിന് ആ കുലത്തിൽ തന്നെ അവർ വെച്ചിട്ടുണ്ട് പറയാണ് ഭഗവാന്റെ കുട്ടികൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ നോക്കുമ്പോണ്ട് വ്യാസര തുടങ്ങിയിട്ടുള്ള മഹാത്മാക്കൾ ഭഗവാനെ ദർശിക്കാൻ ദ്വാരകയിൽ വന്നിരിക്കുന്നു അപ്പൊ അവർക്ക് തോന്നി മഹാത്മാക്കളെ ഒന്ന് കളിയാക്കിയത് എന്താണ് അവരെന്ത് ചെയ്തു ഭഗവാന് പുത്രൻ സാമ്പനെ സ്ത്രീവേഷം കെട്ടിച്ചു എന്റെ വയറിന്റെ മുകളിലൊരു തലേനൊക്കെ വെച്ച് കെട്ടി ഗർഭിണിയെപ്പോലെ അഭിനയിപ്പിച്ച് കൊണ്ടുനിർത്തി മഹാത്മാക്കളുടെ മുന്നിൽ എന്നൊരു ചോദിച്ചു ഇവൾ കിൻസി പ്രസവിഷ്യതി ഇവൾ എന്തിനെ പ്രസവിക്കുന്ന ചോദിച്ചു ആണിനെയോ പെണ്ണിനെയോ ചോദിച്ചാൽ മതി എന്നാ അത് ചോദിക്കാൻ തോന്നിയില്ല എന്തിനെയും പ്രസവിക്കുന്നു ചോദിച്ചു ആ മഹാത്മാക്കൾ ധ്യാനനിരതരായി അവർക്ക് തോന്നി നോക്കണേ ഏതൊരു ഭഗവാനാണ് നമ്മളേക്ക് ആദരിക്കുന്നത് ആ ഭഗവാന്റെ മക്കളാണ് നമ്മളെ നിന്ദിക്കുന്നത് കണ്ടിൽ എത്ര അഹംഭാവം ഇവർക്ക് കൂടിക്കഴിഞ്ഞു എന്നുള്ളത് ധ്യാന മനസ്സിലായി ഈ കുലത്തെ നശിപ്പിക്കാൻ ഒരുപക്ഷെ നമ്മൾ നിമിത്തമായിരിക്കാം അവരാ കുട്ടിയെ നോക്കിയിട്ട് പറഞ്ഞു കുട്ടികളെ നോക്കിയിട്ട് പറഞ്ഞു ഇവൾ പ്രസവിക്കും എന്താ പ്രസവിക്കുക നല്ല ഒരു ഇരുമ്പ് ഒലയ്ക്കയുടെ കഷ്ണം പ്രസവിക്കും അങ്ങനെ ഇരുമ്പൊലയ്ക്ക പ്രസവിക്കുന്നു മാത്രമല്ല ആ ഇരുമ്പൊലയ്ക്ക കൊണ്ട് നിങ്ങളുടെ കുലം മുഴുവൻ തമ്മിൽ തല്ലി തകരുന്ന് പറഞ്ഞു കുട്ടികൾക്ക് പേടിയേ അവരോടി ഉഗ്രസേന ചക്രവർത്തിയുടെ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞുവെച്ചേ അവം കിട്ടി മഹാത്മാക്കൾ ശപിച്ചു ഉടനെ അതൊക്കെ കെട്ടഴിച്ച് നോക്കിയപ്പോൾ കാണൂ കാണുന്ന ഒരു ഇരുമ്പുലക്കയുടെ കഷ്ണം രാജാവ് അവർക്ക് ധൈര്യം കൊടുത്തു പേടിക്കേണ്ട കുട്ടികളെ അതെല്ലാം രാഗി പൊടിച്ചുകൊണ്ടാ ഇരുമ്പ് പൊടിയെല്ലാം പ്രഭാസതീരം എന്ന് പറയുന്ന കടലിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു പക്ഷേ വിധി അവസാനത്തെ ഒരു ബാക്കിയേക്കി ആ ഒരു കഷ്ണത്തെ ഒരു മത്സ്യം പിടിച്ചു മത്സ്യത്തെ അന്നൊരു മുക്കുവൻ പിടിക്കണോ ആ മത്സ്യത്തെ ഒരു വേടന കൊടുക്കുന്നു വേടന ഇരുമ്പ് കഷ്ണത്തെ ഒരു അസ്ത്രമാക്കി വെക്കുന്നു അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശരീരത്തിലേക്ക് ഉപയോഗിക്കാനായിട്ട് ആ വസ്ത്രം കാലം എടുത്തു വെപ്പിച്ചു പറയാണ് ഇങ്ങനെ കുലത്തിന്റെ നാശങ്ങളൊക്കെ ഇന്നിത പ്രകടമായിരിക്കുന്നു ഇതെല്ലാം തട്ടിമാറ്റാൻ സാധിക്കുന്ന ഭഗവാൻ ഭാഗവതം പറയുന്നു എല്ലാം അറിയുന്ന ഭഗവാൻ ഭഗവാൻ ജ്ഞാത്വ സർവാത്ത ഈശ്വരോപി തതന്യത കർത്തും നൽ വിപ്രശാപം കാലരൂപന്യമോദത ഭഗവാൻ എല്ലാം അറിയുന്ന ഭഗവാൻ കാലത്തിന്റെ നിശ്ചയത്തെ തട്ടിമാറ്റണ്ട നിശ്ചയിച്ചു എന്നാണ് എന്ത് കാലം നിശ്ചയിച്ചിട്ടുണ്ടോ അതുപോലെ നടക്കട്ടെന്ന് കാലത്തിന്റെ നീതിയെ ഭഗവാൻ വിട്ടുകൊടുത്തുവെന്നാണ് ഏതായാലും കുലത്തിന്റെ അന്ത്യം അടുത്തു തുടങ്ങി എന്ന് കണ്ട വസുദേവൻ കുട്ടികൾ തമ്മിലുള്ള അന്തഛിദ്രമൊക്കെ കണ്ട് ഭയന്നുകൊണ്ട് ദുഃഖിതനായിട്ടിരിക്കുകയാണ് അങ്ങനെ ആ ദുഃഖിതനായിട്ടിരിക്കുന്ന വസുദേവന്റെ മുന്നിലേക്ക് നാരദമാഷി കടന്നു വരുന്നു ആ പാദങ്ങളെ കഴുകി പാദത്തിൽ സാഷ്ടാംഗം വീണു കഴഞ്ഞുകൊണ്ട് പറയുകയാണ് അഹം കിലപുരാനന്ദം പ്രജാർത്തോവിമുക്തിരം അപൂജയം നമോക്ഷായ മോഹിതോ ദേവമായ ഞാൻ എത്രയോ കാലം തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഭഗവാനെനിക്ക് പുത്രനായി കിട്ടിയത് പക്ഷേ സ്വന്തം ഉന്നതിക്കു വേണ്ടി ആ കൃഷ്ണനെ ഞാൻ പ്രയോജനപ്പെടുത്തിയില്ല കാരണം മോഹിതോ ദേവമായ ബാക്കിയില്ലാതെ പോയി കൃഷ്ണനെ ഒരു പുത്രനായി കണ്ടുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞ തലങ്ങളിലേക്കൊന്നും ഞാൻ ഉയർന്നില്ല എന്ന് ഞാൻ ഭയത്തിന്റെയും ദുഃഖത്തിന്റെയും പിടിയിലാണ് ഈ മനോഹരമായ കെട്ടിടങ്ങളൊക്കെ ഈ മനോഹരമായ ഗോപുരങ്ങളൊക്കെ സുനാമി എടുത്തുകൊണ്ടുവന്നിപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം നഷ്ടപ്പെടുന്നത് ഞാൻ മുൻകൂട്ടി കാണുന്നു നമ്മുടെ കുട്ടികളൊക്കെ നശിച്ചു പോകുന്നത് ഞാൻ കാണുന്നു ഈ ഭയത്തിൽ നിന്ന് എനിക്ക് മുക്തനാവാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ നാരദമാർഷിയുടെ കാൽക്കൽ മീനിട്ട് പറഞ്ഞു എനിക്കൊരു ചോദ്യമുണ്ട് അവിടുന്ന് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി ചോദിച്ചു എന്താ അവിടുത്തെ ചോദ്യം എന്ന് പറയുന്നു ബ്രഹ്മാ പൃച്ഛാമോ ധർമാൻ ഭാഗവതാ തവാ യാൻ ശുവാ ശ്രദ്ധയാമർത്യോ ഉച്ചവതോപയാൽ ഹേ ബ്രഹ്മൻ മഹാത്മാവേ എനിക്ക് ഭാഗവതം ധർമ്മം പൃച്ഛാൻ ധർമ്മം ഭാഗവതം ഭാഗവതത്തെ ധരിച്ചിരിക്കുന്ന സത്യത്തെ പറഞ്ഞ ദുരോഹം ഭാഗവത കഥയിന് എനിക്ക് കേൾക്കണ്ട ഈ ഭാഗവതത്തിന്റെ ഉൾപൊരു പറഞ്ഞു തരൂ ഭാഗവതത്തിന്റെ സൂക്ഷ്മ തത്വം പറഞ്ഞു തരൂ എന്തിനാണത് പറഞ്ഞു തരുന്നത് മുച്ചതേ സർവദയാൽ ഞാൻ എല്ലാ ഭയത്തിൽ നിന്നും മുക്തമാവും ഞാൻ കേട്ടിട്ടുണ്ട് ഭാഗവതം മനസ്സിലാക്കിയാൽ ഭയത്തിൽ നിന്നും മുക്തമാവാൻ സാധിക്കും അതുകൊണ്ട് ശ്രദ്ധയാ ഞാൻ ശ്രദ്ധയോടുകൂടി കേൾക്കാം പറഞ്ഞു തരൂ എന്ന് പറയാണ് അപ്പോൾ രണ്ടു മൂന്ന് ചോദ്യങ്ങൾക്ക് ഇവിടെ ഉത്തരം വസുദേവര് തന്നെ പറയുന്നുണ്ട് ഒന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന വലിയൊരു ചിന്തകനായിരുന്നു മനഃശാസ്ത്രജ്ഞനായിരുന്നു സാൽമൺ ഫ്രോ അദ്ദേഹം പറയണോ മനുഷ്യന്റെ സർവ കാരണം അടിസ്ഥാന പ്രശ്നം കാമമാണെന്ന് അദ്ദേഹം തുടങ്ങിയത് കാമത്തിൽ നിന്നാണ് അട്രാക്ഷനിൽ നിന്നാണ് ലോകം പ്രശ്നങ്ങളിലേക്ക് വരുന്നത് എന്നാണ് അപ്പോ മനുഷ്യനൊന്നും ഈ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയേ പറ്റൂ എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു ഈ അട്രാക്ഷനാണത്രേ നമ്മുടെ ഉള്ളിൽ സബ് മൈൻഡിൽ കിടക്കുന്നതും അത് മുന്നേ കോൺഷ്യസ് മൈൻഡായിട്ട് വരുന്നതും അങ്ങനെ മനുഷ്യന്റെ വ്യത്യസ്ത മനോവികാരങ്ങളെയും മനോതലങ്ങളെയും കണ്ടെത്തി അദ്ദേഹം നിർവചിക്കുകയുണ്ടായി പക്ഷെ സാൽമൺ ഫോയിഡൊക്കെ ജനിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്കുമ്പ് അയ്യായിരം വർഷങ്ങൾക്കുമ്പ് അതിനും അപ്പുറത്തെ വർഷങ്ങൾക്കുമ്പ് ഭാരതീയ ഋഷീശ്വരന്മാരെ കണ്ടെത്തി മനുഷ്യന്റെ സർവ പ്രശ്നങ്ങൾക്കും കാരണം കാമമല്ല ഭയമാണ് ഭയത്തിലാണ് കാമമിരിക്കുന്നത് ഒറ്റയ്ക്ക് ജീവിതത്തിൽ സുഖമനുഭവിക്കാനോ സുരക്ഷിതത്വം കണ്ടെത്താനോ പറ്റില്ല എന്നൊരു തോന്നലല്ലേ മറ്റൊരാൾ കൂടെ വേണമെന്നൊരു അട്രാക്ഷൻ തോന്നുന്നത് കാമം തോന്നുന്നത് നമുക്ക് തന്നെ ജീവിതത്തിൽ തോന്നാണ് എന്റെ ജീവിതത്തിൽ സ്വയം സുഖവും സുരക്ഷിതത്തിലും ജീവിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഓരോരുത്തർക്കും തോന്നിയിരുന്നു എങ്കിൽ റിലേഷനൊന്നും ഇവിടെ ഉണ്ടാവില്ല ആർക്കും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഉണ്ടോ സ്വയം ചോദിക്കൂ അപ്പൊ കാമം നിൽക്കുന്നത് ഭയത്തിലാണെന്നാണ് അതുകൊണ്ട് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം ഭയമാണെന്ന് കണ്ടെത്തിയവരായിരുന്നു നമ്മുടെ പൂർവിക ആചാര്യന്മാർ ഞാനും നിങ്ങളും അത് മനസ്സിലാക്കിയിട്ടല്ല ജീവിക്കാറ് അതുകൊണ്ട് നമ്മൾ ഒരു അനുഭവം വരുമ്പോഴാണ് ഭയമെന്ന വികാരത്തെ അനുഭവിക്കുന്നത് മുൻപ് മുൻകൂട്ടി നമുക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ ഭയമെന്ന വികാരത്തെ വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് നമുക്കറിയാം ഭയമുണ്ടെന്ന് അപ്പോ ഭയത്തെ അവലോകനം ചെയ്തപ്പോ നമ്മുടെ പൂർവികന്മാർക്ക് മനസ്സിലായി ഭയങ്ങളുടെ എല്ലാം ഭയം റൂട്ട് ഓഫ് ദ ഭയം എന്ന് പറയുന്നത് മരണഭയമാണ് മരണഭയത്തിലാണ് എല്ലാ ഭയങ്ങളും നിൽക്കുന്നത് എന്നാണ് മരണഭയമില്ലെങ്കിൽ മറ്റ് ഭയങ്ങളൊന്നും ഉണ്ടാവില്ല ഞാനും നിങ്ങളും ഇപ്പോഴത് കാരണം നമ്മൾ പറയും ഏ സ്വാമി എനിക്കൊന്നും മരിക്കാൻ ഒരു പേടിയിൽ ഇപ്പം വരട്ടെ കാലം ഞാൻ പോവാൻ തയ്യാറാണെന്ന് സംഗതി കാലും വരട്ടെ നമ്മൾ പറയും എക്സ്ക്യൂസ് പറയും ആ ഇന്ദുമുഖി ചന്ദ്രമുഖി ഒന്ന് കഴിഞ്ഞോട്ടെ സാർ എന്നിട്ട് ഞാൻ വരാന്ന് ഒരു എക്സ്ക്യൂസ് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ ഒരമ്മ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് വയസ്സായി അവർക്ക് ശരീരമൊക്കെ ശോഷിച്ച് ഇറക്കര മരണത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട് അവരുടെ വീട്ടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു പത്ത് പതിനാറ് വയസ്സുള്ള പെൺകുട്ടി നല്ല സുന്ദരിയാണ് പക്ഷെ ചെറുപ്പത്തിലെ ക്യാൻസർ വന്ന് കുട്ടിക്ക് അച്ഛൻ മരിക്കുകയും ചെയ്തു അമ്മയും ഈ മകളും മാത്രമേ ഉള്ളൂ കുട്ടിക്ക് അപ്പോഴേക്കും ഒരുപാട് രോഗങ്ങൾ വന്നു ഏത് നിമിഷവും മരിക്കുന്നുള്ള ആ ഒരു അനുഭവത്തിലാണ് കുട്ടി ഇരിക്കുന്നത് അപ്പൊ ഈ തൊണ്ണൂറ്റൊന്ന് പ്രാർത്ഥിക്കും ഈശ്വര ഗുരുവായപ്പ എന്തിനാ ഈ കുട്ടിയെ വേദനിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു ജീവൻ മതിയെങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്തിനാ ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത് പാവം ക്യാൻസർ അതിനൊരു ജീവിതം കൊടുത്തുകൂടെ പത്ത് പതിനാറ് വയസ്സല്ലേ ആയിട്ടുള്ളൂ അതിനുണ്ടാവില്ല മോഹങ്ങൾ അതിനുണ്ടാവില്ല ആഗ്രഹങ്ങൾ ഞാനോ തള്ളയോ ഇനിയിപ്പോ എന്നെ കൊണ്ടുവരാൻ ആവശ്യമില്ല പോകാനേതായാലും പെട്ടിവയ്ക്കുകയായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ എന്തിനാ കുട്ടിയെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ കുട്ടിയുടെ വീട്ടിലെത്തി ആ കുട്ടിയുടെ പുറമൊക്കെ തലോടി മൂർധാവിലൊക്കെ കൈവച്ചിട്ട് പറയും മോളെ ഭഗവാൻ കൊണ്ടുപോകില്ലേ എന്നെയും കൊണ്ടുപോളൂ മോളെ കഷ്ടപ്പെടുത്തില്ലേ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വരും ഇങ്ങനെ ദിവസവും ഗുരുവായപ്പനോട് പ്രാർത്ഥിക്കും അങ്ങനെ ഇരിക്കുക ആ നാട്ടില് പോത്തുണ്ടായിരുന്നു ഇരിങ്ങനെ അലഞ്ഞു നടക്കും ഒരു കടയിൽ ആ ഉച്ചയ്ക്ക് കയറി കടയില് സാധനങ്ങളൊക്കെ പണ്ടുകാലത്തൊക്കെ ഉപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ പുറത്താണല്ലോ വയ്ക്കുക ഒരു മൺകലത്തില് അവിടുത്തെ ആള് ഉപ്പ് കുറെ പുറത്തു വെച്ചിട്ടുണ്ട് ഇവൻ ഉപ്പ് കഴിക്കാനുള്ള ആർത്തിയിൽ തന്റെ തല മുഴുവൻ കലത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു എന്തിന് പറയുന്നു കലം മുഖത്തു കുടുങ്ങിപ്പോയി ഇവന് കണ്ണു കാണുന്നില്ല പോത്തിന് ഇവൻ ശരണമില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങി അങ്ങനെ ഓടുന്നതിനിടയിൽ ഈ മുത്തശ്ശി അങ്ങനെ വീട്ടിൽ നിറങ്ങി വരുമ്പോഴാണ് കാളയുടെ വരവ് കാണുന്നത് അപ്പം മനസ്സിലാക്കി എന്റെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ യവരാജാവിനെ അയച്ചിരിക്കുകയാണെന്ന് ആ പോത്തിനെ നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറയാണ് ഇവിടെയല്ല ഇവിടെയല്ല അടുത്ത വീട്ടിൽ നേരെ മുന്നിലുള്ള വീട്ടിൽ ഞാനല്ല ഞാനല്ല ആ കുട്ടി അവിടെ രോഗം പിടിച്ച് കിടക്ക് കൊണ്ടുപോയിക്കോളൂ കൊണ്ടുപോയിക്കോളൂ കൊണ്ടുപോണ്ടാണ് ഇതാണ് പരമാർത്ഥം എന്ന് പറയുന്നത് നമ്മളിതൊക്കെ നാവ് കൊണ്ട് പറഞ്ഞാലും സംഗതി അടുത്തെത്തിക്കഴിഞ്ഞാൽ കാലുമാറുമെന്ന് പറയണം ഏറ്റവും കൂടുതൽ ഭയം ഇവിടുന്ന് പോവാനാണ് ആർക്കും ഇവിടുന്ന് പോവാൻ ഒട്ടും ഇഷ്ടമല്ല എത്ര കാലം എക്സ്റ്റൻഷൻ കിട്ടുമോ വിസ പക്ഷെ ആയുരാരോഗ്യം വേണം അത് ശരിയാണ് അപ്പൊ നമുക്കറിയാം എന്നും ആരോഗ്യത്തോടുകൂടി ഇവിടെ ഇരിക്കാൻ പറ്റില്ല അപ്പൊ എല്ലാ പ്രശ്നങ്ങളുടെയും റൂട്ട് എന്ന് പറയുന്നത് മരണഭയത്തിലാണ് നിങ്ങളിത് എളുപ്പൊന്നും അംഗീകരിക്കില്ല ഞാനിത് പല അനുഭവങ്ങളിലൂടെയും പലരുടെ അനുഭവങ്ങളിലൂടെയും നല്ലവണ്ണം ബോധ്യപ്പെട്ടിട്ട് നൂറ് ശതമാനം ഗ്യാരണ്ടിയോടുകൂടിയിട്ടാണ് പറയുന്നത് നമ്മൾ ബദ്രീനാഥിൽ പോവും എല്ലാ എല്ലാ വർഷവും പോവും അപ്പൊ ഈ ബദ്രിയിൽ പോകുന്ന സമയത്ത് ഏറെക്കരം ബദ്രീനാഥിലേക്ക് എത്താൻ നേരത്ത് ഒരു രണ്ടായിരത്തഞ്ഞൂറ് അടി ഉയരത്തിലേക്ക് ബസ് എത്തിക്കഴിഞ്ഞാൽ തിരുമേനി പറഞ്ഞ പോലെ ബസിന്റെ യാത്ര മുന്നോട്ട് നോക്കി അവർ അന്തൂല്ല താഴോട്ട് നോക്കി അവർക്കുന്തൂല്ല പോയെല്ലാം പോയി ആ അവസ്ഥയിൽ ആ ബസ് പോണത് താഴെ ഇതുപോലെയൊന്നും വശങ്ങളിലൊന്നും കെട്ടിയിട്ടുണ്ടാവില്ല ആ സമയത്ത് ആ മുകളിൽ കൂടെ പോകുമ്പോൾ ബസ്സൊക്കെ എങ്ങനെ ചെരിയുമ്പോഴൊക്കെ ഇവരോട് ചെന്ന് ചോദിക്കുകയാണ് എന്ത് പറയണോ മോന്റെ വിശേഷം എന്ത് പറയണോ പിന്നെ ഹസ്ബൻഡ് എന്ത് പറയണോ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് സ്വാമി ഇപ്പൊ ഒന്നും ചോദിക്കേണ്ട ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയാണെന്ന് അപ്പൊ എന്താ പ്രാർത്ഥന രണ്ട് പ്രാർത്ഥനയുള്ളൂ വേറെ ഒന്നും പ്രാർത്ഥിക്കുകയില്ല ഗുരുവായപ്പ ഡ്രൈവർക്ക് കാലു എന്ന് കാരണം കാലു വണ്ടി താഴെ രണ്ടായിരം അടി താഴെയാണ് എല്ലുപോലും പെടുക്കാൻ കിട്ടില്ല പിന്നെ രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ് ആർക്കൊക്കെ എന്തൊക്കെ പറ്റിയാൽ എനിക്ക് മാത്രമൊന്നും പറ്റില്ല ഈ ഗുരുവായൂരപ്പാന്ന് ഞാൻ ജീവിച്ചിരിക്കണമെന്ന ഇത് നമ്മുടെയൊക്കെ പ്രശ്നം തന്നെയാണ് പ്രിയ ആർക്കൊക്കെ എന്തൊക്കെ പറ്റിയാലും ഞാൻ മരിച്ചു പോകരുത് എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു എന്നാണ് മരണം നമ്മളെ സംബന്ധിച്ച് ഉത്തരം കിട്ടാത്ത ഒരു ഭയമായി എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് ശരിയല്ല ഇത് നമുക്ക് അതിനൊരു ഉത്തരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഈ ഭയം ഇരിക്കുന്നത് കൊണ്ട് രണ്ട് ഭയങ്ങൾ നമ്മുടെ കൂടെ എന്നാണ് അതായത് രണ്ട് ഭയങ്ങൾ ഒന്ന് ഒറ്റപ്പെടുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമല്ല ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല തന്നെ സ്നേഹിക്കുന്നവരെപ്പോഴും തന്റെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ കാരണം ഒറ്റയ്ക്കിരിക്കാൻ സാധ്യല്ല മരണം നമ്മളെ ഓർമ്മിപ്പിക്കണ്ടേ ഒറ്റയ്ക്കിരിക്കരുതെന്ന് അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർ നമ്മുടെ കൂടെ ഇരിക്കാൻ സ്നേഹം അഭിനയിക്കേണ്ടി വരുന്നു ബന്ധങ്ങളൊക്കെ നിലനിർത്തേണ്ടി വരുന്നു ഇതൊക്കെ ആ രീതിയിൽ കൊണ്ടു നടക്കേണ്ടി നമുക്ക് ശരിയല്ലേ ും നിങ്ങൾ എളുപ്പം അംഗീകരിക്കില്ല അല്ല സ്വാമി ഞാൻ ശരിക്കും സ്നേഹിക്കേണ്ട ആൾക്കാരൊക്കെ നമ്മൾ ശരിക്കും സ്നേഹിച്ച അഭിനാരം നിൽക്കില്ല നമ്മുടെ കൂടെ അപ്പൊ നമുക്ക് സ്നേഹം അഭിനയിക്കേണ്ടിയിരിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടിയിരിക്കണോ നമ്മുടെ സ്വാർത്ഥത കുറെ മാറ്റിവെക്കേണ്ടിയിരിക്കണോ അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടുന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ദൃഢമായി ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഒറ്റപ്പെടുന്നത് ആർക്കും ഇഷ്ടമല്ല ഒരു പ്രൊസഷൻ എനിക്കെപ്പോഴും വേണം നിങ്ങൾ നോക്കൂ കുട്ടികളെ ഒരമ്മയ്ക്ക് ആദ്യ ഒരു കുട്ടി ഉണ്ടായി രണ്ടാമത്തെ കുട്ടി വരുമ്പോഴേക്കും ആദ്യത്തവന് ആ അമ്മയോടുള്ള ആ ഒരു സ്നേഹമുണ്ടല്ലോ അവനാ രണ്ടാമത്തെ മകനോട് അമ്മ കൂടുതൽ സ്നേഹം കാണിക്കുന്ന ഇഷ്ടമല്ല ആ കുട്ടിയെക്കുറിച്ച് പറയുന്നത് അങ്ങനെ ഇഷ്ടമല്ല തന്റെ അമ്മ തനിക്ക് നഷ്ടപ്പെടൂ എന്നുള്ളൊരു പേടി അമ്മ തന്നെ അകറ്റൂ എന്നുള്ളൊരു പേടി കുട്ടികൾക്കുണ്ടാവില്ലേ തീർച്ചയായിട്ടും കാരണം ഒരു പേടി എനിക്ക് നഷ്ടപ്പെടൂ എന്നുള്ളത് ഈ ഭയത്തിലാണ് മൂന്നാമത്തെ ഒരു ഭയക്കുന്നത് അതെന്താണത് പ്രായം കൂടും തോറും ശരീരത്തിലുള്ള നമ്മുടെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെടും കാരണം ശരീരം തളരാൻ തുടങ്ങും അവശമാവാൻ തുടങ്ങും അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് പൊതുവെ വയസ്സായിട്ടുള്ള ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു പത്ത് എൺപത് വയസ്സായാൽ ആളുകൾ തുടങ്ങും പ്രാർത്ഥിക്കാൻ ഗുരുവായപ്പാ കിടത്താണ്ട് കൊണ്ടുപോകണേ എവിടെയും കിടത്തി പോകരുത് ഒറ്റയടിക്ക് വരുത് കൊണ്ടുപോകണം കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോയില്ലേ നല്ലതാണ് എന്നാലും കിടത്തി പോകരുതെന്ന കാരണം കിടന്നു കഴിഞ്ഞാൽ ഒരു കുട്ടി പോട്ടെ പട്ടിക നോക്കില്ല അതല്ലത് നമ്മുടെയൊക്കെ മനസ്സ് വിളിച്ച് പറയുന്നുണ്ട് കിടന്നാ കിടന്നു തന്നെ പിന്നെ ഹോസ്പിറ്റലിൽ പോയി കിടക്കണം അവരാണെച്ചാൽ ഐ സി യുയിൽ കൊണ്ടുപോയിടും ഐ ഡോക്ടർ പറയുന്ന ഐ സി എത്ര ദിവസം നീ അവിടെ കിടക്കുന്നു പിന്നെയൊക്കെ അവിടെ കിടക്കുക എന്നെ നോക്കിയിട്ട് ജീവിതത്തിൽ എത്ര ദിവസം ഉണ്ടാവുമെന്നറിയില്ല ഏതായാലും ഈ ഭയങ്ങളൊക്കെ നമ്മളെ കൂടെ നമ്മളറിയാതെ പിന്തുടരുന്നുണ്ട് ഒരു നെഴല് പോലെ പിന്നിലുണ്ടെന്ന് തിരിച്ചറിയൂ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് വസ്തുദേവർ പറയുന്നത് ഇത് കേട്ടപ്പോ പറയാണ് നാരദ മഹർഷി ചോദ്യം വളരെ രസകരമാണ് ഗംഭീരമാണ് ആരും ഇത്ര കുലങ്കുഷമായി ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്കിറങ്ങി ഇതൊന്നും ചിന്തിക്കില്ല വരുന്നിടന്ന് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് എന്തിനപ്പൊ വേണ്ടാത്തതൊക്കെ ചിന്തിക്കണോ ഇത് നമുക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് വീട്ടിലെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് വല്ലാതെ ആർക്കും ഇഷ്ടമല്ല പറയും വേണ്ടാത്തതൊന്നും സംസാരിക്കേണ്ട എന്ന് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ട് ദുരസം നമ്മുടെ വീട്ടിൽ വരുന്നുള്ളത് മരണത്തെക്കുറിച്ച് പറഞ്ഞു നോക്കും നിങ്ങൾ അടുത്ത വീട്ടിലൊരു മരണം നടന്നു അയ്യോ ആ തലയൊന്നും കണ്ടുകൂടാ കണ്ണൊക്കെ എങ്ങനെ മൂക്കൊക്ക ഓ വല്ലാത്ത ചീ നിർത്തടാ വേണ്ടാത്തതൊക്കെ പറയാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാലും കാരണം ഒരു ദിവസം നമ്മളും ആ വഴിക്കൊക്കെ പോകേണ്ടതാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മരണഭയം നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ നമ്മളെ പ്രേരിപ്പിക്കും ഇത് കേൾക്കരുത് കേൾക്കരുത് സമയം വരൂട്ടോ ഏതായാലും ഈ ചോദ്യം ഗംഭീരമായിട്ടുണ്ട് അതിന് ഉത്തരം ഞാൻ പറയാം ഈ ചോദ്യം പണ്ട് അങ്ങ് ചോദിച്ച ഇതേ ചോദ്യം പണ്ട് ഈ ഭാരതഭൂമി ഭരിച്ച വിദേഹ രാജ്യത്തിലെ ചക്രവർത്തിയായ നിമി എന്ന് പറയുന്ന ചക്രവർത്തി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വന്ന നവയോഗികളോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയാണ് ആരായി നവയോഗികൾ നിങ്ങൾ അഞ്ചാമത്തെ സ്കന്ധത്തിൽ കാണും അവിടെ പ്രിയവ്രത വംശം പറയും ആ പ്രിയവ്രതന്റെ പുത്രനായിട്ട് അഗ്നീന്ദ്രൻ അഗ്നീന്ദ്രന്റെ പുത്രനായിട്ട് നാഭി നാഥിയുടെ പുത്രനായി ഋഷഭൻ ഋഷഭന്റെ ആദിത്യ പുത്രൻ ഭരതൻ പിന്നീടുള്ള ഒൻപത് പേര് അവരുടെ പേര് തന്നെ പറയും കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായൻ ആവിർഹോത്രൻ ദ്രുമിളൻ ചമസൻ കരവാചൻ ഇവരൊക്കെ ചെറുപ്പത്തിലെ പരമജ്ഞാനികളും ഭാഗവതോത്തമന്മാരുമായി തീർന്നു എന്ന് അവിടെ പറഞ്ഞിട്ട് പറയും കൂടുതലായി കൂടുതൽ വിസ്തരിച്ച ഏകാദശത്തിൽ പറഞ്ഞു ഇനി ഇവിടെ മുതൽ ആ സംവാദം തുടങ്ങുകയാണ് നിമി ചക്രവർത്തി ഈ ചോദ്യം മഹാത് മഹാത്മാക്കളായ മഹാജ്ഞാനികളായ ഭാഗവതോത്തമന്മാരായ നവയോഗികളോട് ചോദിക്കേണ്ടായി അതുകൊണ്ട് ആ സംവാദം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവിടേക്ക് ചോദ്യം തന്നെ എങ്ങനെയാണ് ഭയത്തിൽ നിന്നും മുക്തമാവുക നമ്മുടെ ജീവിതത്തിൽ ഒരു നേള് പോലെ നമ്മുടെ കൂടെ വരുന്ന മരണഭയവും ആരും സ്നേഹിക്കില്ലേ ഒറ്റപ്പെടുമോ എന്ന ഭയവും ശരീരം പ്രായം കൂടും തളർന്നു പോയാൽ എങ്ങനെ ഞാൻ ജീവിതത്തെ അഭിമുഖീകരിക്കും എന്നൊക്കെ ഉള്ള ഭയം എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഇതിനെന്താണ് പോംവഴി എന്ന് ചോദിച്ചപ്പോ അതിനുത്തരം പറയുകയാണ് കവി എന്ന് പറയുന്ന മഹാത്മാവ് കവി എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ സാധിക്കുന്നവനാരോ അവൻ കവിനാണ് എഴുത്ത എന്താ കവിത എഴുതുന്നവരെയല്ല നമ്മുടെ ഭാരതീയർ കവി എന്ന് വിളിച്ചത് കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് പരിഹാരം കണ്ടെത്തിയവരെയാണ് കവി എന്ന് പറയും അതുകൊണ്ട് പറയും ആദികവി വാൽമീകിയാണ് അതിനുശേഷമുള്ള കവി വ്യാസരാണെന്ന് പറയും അവരൊക്കെ എഴുതിവെച്ചതിന്റെ അടുത്തൊന്നും ഇന്ന് ആരും എഴുതിവെച്ചത് എത്തിയിട്ടില്ല എത്രയോ ഷേക്സ്പിയർമാർ വന്നിട്ടുണ്ടാവാം എത്രയോ വേർഡ്സ് വർത്തുകൾ വന്നിട്ടുണ്ടാവാം എത്രയോ എത്രയോ ചിന്തകന്മാരെ ലോകത്തിൽ വന്നിട്ടുണ്ടാവാം ഭാരതത്തിലെ ഋഷീശ്വരന്മാരെ എഴുതിവെച്ച ഒരു സാഹിത്യത്തിന്റെ മുന്നിലും അതിനൊന്നും അധിവർത്തിക്കാൻ സാധിച്ചിട്ടില്ല ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണ് ഭാരതീയ സാഹിത്യങ്ങളായിട്ടുള്ള ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയൊക്കെ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ബൈബിളായിരിക്കാം പക്ഷേ ചർച്ച ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെയാണ് കാരണം ഇതിൽ ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് പറയാണ് കേവലം അന്തമായൊരു വിശ്വാസത്തിലൂന്നിയതല്ല നമ്മുടെ കൃതികളൊക്കെ അതെല്ലാം കുളങ്കുശമായി ചർച്ച ചെയ്ത് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മളെ വഴി കാണിക്കുന്ന മാർഗദർശികളാണെന്ന് പറയാം ടോർച്ച് ലൈറ്റുകളാണ് എന്താ വേണ്ടത് അതിലേക്ക് നോക്കാനറിയണം നോക്കാനറിയാത്തവന് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ഒരു നാട്ടിൽ ഒരു രാജ്യത്ത് ആ ഗ്രാമത്തിലുള്ളവരൊന്നും കണ്ണാടിയെ കണ്ടിട്ടില്ല ജീവിതത്തിൽ കണ്ണാടി കണ്ടിട്ടില്ല നല്ലൊരു ശതമാനം ജീവിതത്തിൽ സമയം ലാഭിക്കാം ഈ സാധനം നമ്മുടെ സമയം കണ്ടുപോലെടുത്ത് കളയുന്ന ഒരു സാധനമാണ് ഈ കണ്ണാടി എന്നാണെങ്കിൽ ബാത്റൂമിൽ കണ്ണാടി ടോയ്ലറ്റിൽ കണ്ണാടി കൈ കഴുകുന്നിടത്ത് കണ്ണാടി ഈ ഊണ് കഴിക്കുന്നിടത്ത് കണ്ണാടി എന്താണ് കൊണ്ടുവച്ച് ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വച്ചാൽ ഊണ് കഴിച്ച് കൈ കഴുകുന്നിടത്ത് നിങ്ങൾ വാഷ് അടുത്ത് കണ്ണാടി കൊണ്ടുവച്ചാൽ ആൾക്കാർ അങ്ങോട്ട് നോക്കിയിട്ടാ കൈ വെള്ളം കുറഞ്ഞ് വേസ്റ്റ് ആക്കും അയാളയാളുടെ മുഖത്തിന്റെ സൗന്ദര്യമൊക്കെ നോക്കുമ്പോഴേക്കും ഇവിടെ വെള്ളം പോകേണ്ടത് അവിടെ വീട്ടിലൊരിക്കലും വാഷ് ബേസിന്റെ അടുത്ത് കണ്ണാടി കൊണ്ടുവയ്ക്കരുത് വേറെ എവിടെയൊക്കെ കൊണ്ടുവച്ചാലും അങ്ങനെ കണ്ണാടിയിൽ നോക്കും നമ്മളൊക്കെ അവിടെ കണ്ണാടിയില്ല ആ ഗ്രാമത്തില് അതുകൊണ്ട് ആ ഗ്രാമത്തിലുള്ളവർക്ക് പരസ്പരം കണ്ണാലിയ മുഖം അറിയില്ല അവർക്ക് അവർക്കറിയില്ല അവരുടെ മുഖം എങ്ങനെയാണുള്ളത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കർഷകൻ പാടത്ത് ഓതുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന് ഒരു സാധനം കിട്ടിയ ചെറിയൊരു കഷ്ണം നോക്കുമ്പോ നല്ല സുന്ദരമായൊരു മുഖം കുറച്ച് താടിയൊക്കെ ഉണ്ട് അങ്ങനെയുള്ളൊരു മുഖം ഒരാൾ കണ്ണാടിയിൽ കാണുകയാണ് അദ്ദേഹത്തിന് തോന്നി ഒരുപക്ഷെ എന്റെ പിതാവിന്റെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട് ചിത്രമെങ്ങാനും ഈ പാടത്ത് വീണതായിരിക്കും അദ്ദേഹം പൊടിയൊക്കെ തട്ടി അത് വീട്ടിൽ പെട്ടിയിൽ ഭദ്രമായിട്ട് കൊണ്ടുവച്ചു അങ്ങനെ ദിവസവും വയലിലേക്ക് പോകുന്നതിന് മുമ്പ് എടുത്തു നോക്കും വന്നു കഴിഞ്ഞാൽ ഒന്നെടുത്തു നോക്കും കിടക്കുന്നതിന് മുമ്പ് എടുത്തു നോക്കും ഇതൊന്നും ഭാര്യ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം ഭാര്യ നോക്കുമ്പോൾ ഇദ്ദേഹം പെട്ടി തുറക്കണോ ഒരു സാധനം എടുത്തു നോക്കണോ എന്നിട്ട് അവിടെ വയ്ക്കുന്നു എന്നിട്ട് അദ്ദേഹം പോകുന്നു ഭാര്യയ്ക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി എന്നോട് പറയാതെ ഇയാൾ എന്തോ രഹസ്യം സൂക്ഷിക്കേണ്ടതെന്ന് നോക്കാലോ ഇദ്ദേഹം വയലിൽ പോയ സമയം നോക്കി ഭാര്യ ഇയാളെ തുറന്നു നോക്കുമ്പോ അതിസുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിന്റെ ചിത്രം അങ്ങനെ നിൽക്കട്ടെ ഞാനല്ലാത്ത ഒരു കേസ് എവിടെയോ ഇദ്ദേഹത്തിന് ഉടനെ തന്നെ കോപം വന്നു വേഗം പോയി പാടത്തേക്ക് നാണമില്ലാത്ത മനുഷ്യൻ ഏതോ പെണ്ണിന്റെ ഫോട്ടോയും വെച്ച് ചിത്രവും വെച്ച് നടക്കണേ ഇങ്ങനെയാണ് മനുഷ്യരായാലും ഒരു ഭാര്യയെ കല്യാണം കഴിച്ചാൽ പിന്നെ അവളെയല്ലേ സ്നേഹിക്കേണ്ടത് വേറൊരുത്തെയും കൊണ്ടു നടക്കെ നാണമില്ലാത്തതെന്നൊക്കെ പറഞ്ഞ കുറെ ചീത്ത പറഞ്ഞു എന്താ നീ പറയണതെന്ന് ചോദിച്ചു പെട്ടിയിൽ വെച്ച് സൂക്ഷിച്ചിട്ടില്ലേ നീ കൂടുതൽ പറയിപ്പിക്കണേ എന്നെ അയ്യോ അതെന്റെ നീ ഒന്ന് തരും ഞാൻ അച്ഛന്റെ ഫോട്ടോ ആണത്രെ ഒരു പെണ്ണിന്റെ ഫോട്ടോയും കൊണ്ട് വെച്ചിട്ട് അച്ഛന്റെ ആണെന്ന് ദേഷ്യം വന്നു നിൻ നിനക്കെങ്ങനെ തോന്നിയത് പെണ്ണിന്റെ ഫോട്ടോ ആണെന്ന് അതെന്റെ അച്ഛന്റെ ഫോട്ടോ എനിക്ക് നല്ല ഉറപ്പുണ്ട് കാണിച്ചു തരാൻ നമ്മളെ അദ്ദേഹം പണിയൊക്കെ വീട്ടിലെത്തി ആ സാധനം എടുത്ത് നോക്കുമ്പോ അച്ഛന്റെ ഫോട്ടോ ആണ് അതിൽ കാണേണ്ടത് അദ്ദേഹം പറഞ്ഞത് എന്റെ അച്ഛന്റെ ആണെന്ന് ഒന്ന് ഇങ്ങോട്ട് തരുമെന്ന് അവർ നോക്കുമോ നീ നോക്കൂ ഇതിൽ പെണ്ണിന്റെ ഫോട്ടോ ആണെന്ന് അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ ബഹളായപ്പോ ആ സമയത്താണ് അവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് അവിടുത്തെ പൂജയും കഴിഞ്ഞ് പൂജാരി ആ വഴിക്ക് പോവാണ് അദ്ദേഹം ബഹളം കെട്ടി വീട്ടിൽ വന്നപ്പോൾ എന്താ രാമാണ ഈ ശബ്ദം ഇവിടുന്ന് ബഹലം പറഞ്ഞു എന്റെ അച്ഛൻ്റെ ഫോട്ടോ കണ്ടിട്ട് അവൾ പറയുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ ആണ് ഞാൻ ഏതൊരു പെണ്ണിനെ സ്നേഹിക്കേണ്ടത് നോക്കൂ അവളുടെ ഒരു മനസ്സ് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോരും കൊണ്ട എന്താ ഞാനും നോക്കട്ടെ അദ്ദേഹം നോക്കിയപ്പം നല്ല ജടയും രുദ്രാക്ഷമാലയും ഭസ്മൊക്കെ ധരിച്ചിട്ടുള്ള ഒരാൾ ഹരേ ഇത് ഞങ്ങളുടെ മുത്തശ്ശന്റെ ചിത്രമല്ലേ എന്ന് അദ്ദേഹത്തിൻ്റെ വക ഇത് മുത്തശ്ശൻ ഇങ്ങനെ നടക്കാറ് ഞാൻ കേട്ടിട്ടുണ്ട് മുത്തശ്ശൻ രുദ്രാക്ഷമാലി ഇങ്ങനെയൊക്കെ ധരിച്ചിട്ട് ഇവരെ കുറെ എന്നെ പോലെ ഇരിക്കുന്ന പക്ഷെ ഞാൻ എന്നെ അറിയില്ലല്ലോ അദ്ദേഹത്തിന് ഇത് ഞങ്ങളുടെ മുത്തശ്ശൻ ഇതിങ്ങടെ നിന്റെ അച്ഛനും മറ്റേ പെണ്ണും ഇത് മുത്തശ്ശനാണ് പിന്നെ അദ്ദേഹത്തിനും കൂടെ വകയത് എല്ലാവരും ബഹളം വെക്കുമ്പോഴാണ് അവിടേക്ക് ഒരാളിങ്ങനെ ഈ ശബ്ദം കേട്ടിട്ട് കയറി വരുന്നത് ചേച്ചി നിങ്ങൾ എന്തിനാണ് ബഹളം വെക്കുന്നത് പറഞ്ഞു ഇതെന്റെ അച്ഛന്റെ ഫോട്ടോ ആണ് ഇയാളെ പറയേണ്ടത് ഇയാളുടെ മുത്തശ്ശനാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് ഇവരെന്നെ കളിപ്പിക്കുക ഏതൊരു പെണ്ണിന്റെ ചിത്രവും വെച്ചിട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടി നോക്ക് ഇയാൾ എന്തോ തിരുമേനിക്ക് അഡീഷണൽ കാശ് കൊടുത്തിട്ട് തോന്നുന്നു എന്നെ പറ്റിക്കാമെന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു നോക്കട്ടെ ആ സാധനം അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ് വഴിയാത്രക്കാരനായിട്ടുള്ള കച്ചവടക്കാരനാണ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതാണ് അപ്പൊ അദ്ദേഹം തിരിച്ചറിയാൻ ഇതൊരു കണ്ണാടിയാണ് കാരണം അദ്ദേഹം മറ്റ് നാടുകളിലൊക്കെ പോയിട്ട് ഇത് കണ്ടിട്ടുണ്ട് വിധേയം പറഞ്ഞു ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ നാട്ടിലില്ലാത്തൊരു സാധനമാണ് ഇത് ഇതൊരു കണ്ണാടിയാണ് ഈ കണ്ണാടിയിൽ ആര് നോക്കുന്നുവോ അവരുടെ ചിത്രം അതിൽ വരും എന്നുള്ളതാണ് ഇവർക്ക് ഇവർക്ക് തോന്നി ഇയാൾക്ക് എന്തോ വട്ടുണ്ടെന്ന് അത് ആ നാട്ടിലില്ലാത്തൊരു സാധനമാണത് ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരൊന്ന് ഒരുമിച്ച് നിൽക്കൂ മൂന്ന് പേര് നിന്ന് ഇദ്ദേഹം വിട്ട് ആ കണ്ണാടി പിടിച്ചപ്പോ മൂന്ന് പേരുടെയും ചിത്രം അതിലേക്ക് വരികയാണ് ഇദ്ദേഹം പറഞ്ഞു നീ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കൂ രാമാന്ന് രാമൻ നോക്കി ഇനി കണ്ണാടിയിലേക്ക് നോക്കൂ അതുപോലെ അല്ലേ ആ അതുപോലെ ഉണ്ട് ഭാര്യയോട് ചോദിച്ചു നിന്റെ ഭർത്താവിന്റെ മുഖം കാണില്ലിനെ ഇനി ഇതിലേക്ക് നോക്കൂ അതുപോലല്ലേ ഉണ്ട് എന്ന് അങ്ങനെ അവർക്ക് ബോധ്യം വന്നു അത് അവനവന്റെ മുഖം പ്രകടമാക്കുന്ന ഒരു മീഡിയമാണ് കണ്ണാടിയാണെന്ന് ഇതുപോലെ ഭാഗവതവും നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണെന്ന് പറയണം അത് നോക്കാനറിയണം അല്ലെങ്കിൽ നമ്മൾ വെറുതെ ബഹളം വയ്ക്കും ഇതൊരു പെണ്ണിൻ്റെയാണെന്നും ഇതൊരു മുത്തശ്ശന്റെ ആണെന്നൊക്കെ നമ്മൾ ബഹളം വയ്ക്കും അത് നമ്മളെ തന്നെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണ് അതൊരു സൂക്ഷ്മമായിട്ടുള്ള തത്വമാണെന്ന് അതിന്റെ തലത്തിലൂടെ ഇറങ്ങിച്ചെല്ലുമ്പോൾ മനസ്സിലാവും ഏതായാലും ഭയമെന്ന പ്രതിഭാസത്തിന് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചപ്പോ മനോഹരമായ ഒരു ശ്ലോകത്തിലൂടെ ഉത്തരം പറയുന്നു കവി വളരെ രസകരമായ ഒരു ശ്ലോകമാണ് ഭാഗവതത്തിന്റെ സർവ ഉള്ളടക്കവും വേണമെങ്കിൽ ഈ ശ്ലോകത്തിൽ വയ്ക്കാം മഞ്ഞേ കുതൽ ഭയമസ്യ ുജോപാസനമത്ര നിത്യം ഉദ്ദിഗ്നബുദ്ധേരസദാത്മഭാവൽ വിശ്വാത്മനായ നിവർത്ത മഞ്ഞേ അകുതശിൽ ഭയം അച്യുത പാദംബുജോപാസനം അത്ര നിത്യം നിത്യം അത്ര അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ നിത്യം എപ്പോഴും ആരാണോ അച്യുതസ്യ പാദാംബുജോപാസനം ചെയ്യുന്നത് മഞ്ഞേ അകുതച്ചിൽ ഭയം അവർക്കെവിടെയാണ് ഭയം നിവർത്തതേ ബി അവർ ഭയത്തിൽ നിന്നും മുക്തരായിത്തീരുന്നത് വളരെ ലളിതമാണ് ഉത്തരം വളരെ ലളിതമാണ് മറുപടി പരിഹാരം വളരെ എളുപ്പമാണ് എന്താ പരിഹാരം എപ്പോഴും അച്യുത പാദത്തെ ഉപാസിക്കണം ഈ പദങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം അച്യുത പാദം എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ അച്യുതൻ എന്ന് പറയുമ്പോഴേക്കും മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന ചിത്രം ശംഖുചക്ര കഥാചാരിയിരിക്കുന്ന വിഷ്ണു അല്ലെങ്കിൽ പിത ഓടക്കൊല്ല പിടിച്ചിരിക്കുന്ന ഒരു കൃഷ്ണന്റെ രൂപം ആ കൃഷ്ണന്റെ പാദത്തിൽ പൂക്കൾ കൊണ്ട് അർപ്പിച്ചാൽ ഭയം പോവോ അങ്ങനെയാണ് സാധാരണക്കാർക്ക് തോന്നുന്നത് എന്നാൽ ഇവിടെ അച്യുതനെന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലല്ല പറയുന്നത് അച്യുതനെന്നാൽ ചുതിയുള്ളതിൽ ഇരുന്നുകൊണ്ട് ചുതിയില്ലാതിരിക്കുന്നവൻ ആരോ അവൻ അച്യുതം അച്ഛുതിയുള്ളതെന്ന് പറഞ്ഞാൽ മാറ്റവും നാശവും ഉള്ള ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഇതിനെയൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ആരാണോ മാറ്റവും നാശവും ഇല്ലാതെ ഇരിക്കുന്നത് ആ തത്വത്തെയാണ് എന്ത് വിളിക്കുന്നത് അച്യുതെന്ന് അപ്പം നമ്മൾ ഒരേ സമയം ചുതിയുള്ളവരും അതേ സമയം ചുതിയില്ലാത്തവരുമാണ് എന്നാൽ ചുതിയുള്ളതെന്ന് പറഞ്ഞാൽ ചുതി എന്ന് പറഞ്ഞാൽ തന്നെ വീഴ്ചയാണ് ചുതി എന്ന് പറഞ്ഞാൽ താഴോട്ട് പോവലാണ് അങ്ങനെയാണല്ലോ അച്യുതം എന്ന് പറഞ്ഞാൽ ചുതിയിൽ നിന്നും ഉയർത്തുന്നവനാണ് താഴ്ചയിൽ നിന്നും ഉയർത്തുന്നവനെയാണ് അച്യുതം എന്ന് പറയാം അപ്പൊ നമ്മളെ ഒരേ സമയം താഴ്ത്തുകയും ചെയ്യാം ഉയർത്തുകയും ചെയ്യാം ഭയം നമ്മളെ താഴ്ത്തും അച്യുത വിചാരം നമ്മളെ ഉയർത്തും ഭയത്തിനെന്താണ് പരിഹാരം ആ നിമിഷം നമ്മുടെ ഉള്ളിലേക്ക് അച്യുത വിചാരം കടന്നു വരണം അച്യുത ചിന്തകൾ കടന്നു വരണം അച്യുത സ്മരണം കടന്നു വരണം ചുതിയില്ലാത്ത ഭഗവത് പ്രേമം കടന്നു എങ്കിൽ ഭയത്തിൽ നിന്നും മുക്തനാവാൻ സാധിക്കും അതിൽ കടക്കുന്നതിന് മുമ്പ് ഭയത്തെ ഒന്നുകൂടി അവലോകനം ചെയ്യണം എന്നാലിത് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഭയമെന്ന വികാരം വരുന്നതെന്ന് നമ്മുടെ പൂർവികന്മാരെ കണ്ടെത്തിയിട്ടുണ്ട് എവിടെ നിന്ന് എങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഭയം വരണമെന്ന് കാര്യമൊക്കെ നമുക്കറിയാം ഭാഗവതവും ഭഗവാനൊക്കെ കൂടെ ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ വിശ്വാസം നമുക്കൊരു പക്ഷേ പ്രേതങ്ങളിലൊക്കെ ആയിരിക്കാം നമ്മളിവിടുന്ന് നടന്നു പോടുകയായിരിക്കാം സന്ധ്യാസമയം നിങ്ങൾ അമ്പലമൊക്കെ അമ്പലത്തിലൊക്കെ തൊഴുത് വീട്ടിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇങ്ങോട്ട് പോയി ഒരു സ്ട്രീറ്റിലും ലൈറ്റില്ല നമ്മളൊറ്റയ്ക്ക് റോട്ടിലും ഒരാളെയും കാണുമില്ല അപ്പോഴേക്കും ഇങ്ങോട്ട് പോകും സംഗതി പിന്നെ നോക്കുമ്പോണ്ട് ഒരു വെളുത്ത വേഷം നമ്മുടെ നേരെ വരുന്നു പറയേണ്ട സ്വാമി ഇപ്പോഴേ തീർന്നു മണി അപ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഭയമൊക്കെ കയറി ഇല്ലേ അപ്പൊ ആ സമയത്ത് നമുക്ക് മുന്നോട്ടേക്ക് കാലുവെക്കാനുള്ള പ്രേരണ കൂടൂ കുറയോ പിന്നെ നമ്മൾ മുന്നോട്ടാണോ നോക്ക് പിന്നോട്ടാണോ നോക്ക് പിന്നെ മുന്നോട്ട് നോക്കണ്ട ആരെങ്കിലും പുറകിൽ വരുന്നുണ്ട് എന്ന് എത്ര വേഗത്തിൽ അവിടെ ഓടാൻ പറ്റുന്ന നോക്ക് ഭയം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ മുന്നോട്ട് നോക്കില്ല ഒരാൾക്ക് ഈ സൈക്കോളജിക്കൽ പ്രശ്നം വന്നു അയാൾ രാത്രി കടന്നു തുടങ്ങുമ്പോഴ പ്രശ്നം വരിക കട്ടിൽ കടന്നു കഴിഞ്ഞാൽ അപ്പോ അയാൾക്കൊരു പേടി കട്ടിലെ താഴെ ആരോ കിടക്കണ്ടെന്ന് അയാൾ ഉടനെ തന്നെ ഉടൻ്റെ താഴോട്ട് കിടക്കും താഴെ കിടക്കുമ്പോൾ അപ്പം അയാൾക്കൊരു പേടി മുകളിൽ വേറെ ആരോ കിടക്കുന്നുണ്ടെന്ന് ഭാര്യ പറയൊന്നും വിണ്ടാതെ കിടക്കുമനുഷ്യൻ ഒരു ആള് സ്വസ്ഥമായിട്ട് കടന്നോട്ടെന്ന് നിനക്കത് പറഞ്ഞാൽ മതി ഇവിടെ വേറെ ആരോ കിടക്കുന്നുണ്ടെന്ന് കട്ടിലിന്റെ മുകളിൽ കിടന്നാൽ അപ്പോ ഇയാൾ ഉരുടെ താഴോട്ട് പോവും താഴെ കിടന്നാൽ അപ്പോ ഇരുടെ മുകളിലേക്ക് കയറും ഇങ്ങനെ ദിവസവും ഒരു പത്തിരുപത് പ്രാവശ്യം ഉറങ്ങുന്നത് വരെ ഇയാൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇയാൾ കിടക്കാൻ വേണ്ടിയിട്ട് രാത്രി ഭാര്യ നല്ല കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെങ്കിലും ഇയാൾ വിചാരിച്ചിട്ട് ഉറക്കം വരാൻ പക്ഷെ നേരെ വിവരം ഉറക്കം വരില്ല അവസാനം ഇതൊരു രോഗമായി മാറി ഒരു പ്രസിദ്ധനായിട്ടുള്ള ഡോക്ടറെടുത്ത് കൊണ്ടുപോയി മനശാ മന ഡോക്ടറെടുത്ത് പോയി അപ്പോ ഈ മനസ്സിന്റെ സൈക്കാട്രിസ്റ്റ് അയാളോട് പറഞ്ഞു ഇതൊരാഴ്ച വിടന്ന് കിടത്തി ചികിത്സിച്ചാലേ ഇത് പോവുള്ളൂ നിങ്ങൾക്ക് അല്ലാതെ പോവില്ലേ ഈ ചിന്ത മനസ്സിൽ നിന്നാണ് ഭാര്യ വെച്ച് എത്ര രൂപ വരും അത്രയൊന്നും കാശ് വരി ഇരുപത്തയ്യായിരം രൂപ അയ്യോ ഈ ഉരുണ്ടുകളി മാറ്റ ഇരുപത്തയ്യായിരം രൂപയോ എന്നെ കൊണ്ടുവറ്റില്ല എത്രയൊന്നും ചെലവാക്കാൻ എന്നാലും ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ മറുപടി പറയാമെന്ന് ഇയാൾ ഭർത്താവിനെയും കൂട്ടിയിട്ട് ഈ ഭാര്യ പോന്നു എന്നിട്ട് പിറ്റേ ദിവസം ഡോക്ടർ വരുടെ വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്റെ പേഷ്യന്റിനെ കൊണ്ടുവന്നില്ലല്ലോ എന്ത് പറ്റി ഡോ രോഗിക്ക് എന്ന് അപ്പൊ ഭാര്യ പറയാണ് അയാളുടെ രോഗം ഞാൻ തന്നെ മാറ്റിന്ന് എങ്ങനെ മാറ്റി എന്ന് അയാൾക്ക് വല്ലതും പറ്റി എന്ന് അയാൾക്കൊന്നും പറ്റിയില്ല ഞാൻ നൂറ് പ്രശ്നം പരിഹരിച്ചു അതെങ്ങനെയെന്ന് ഒരു ആചാര്യെ വിളിച്ച് കട്ടിൻ്റെ കാല് മുറിച്ച് കളഞ്ഞു വന്നു അയാൾ ഒരിക്കലും ഉരുളില്ല എന്ന് കട്ടിലെ കാലുണ്ടെങ്കിൽ അല്ലയാൾ ആ കാലെന്നെ ഞാൻ മാറ്റി കളഞ്ഞു ഭയം വന്നാൽ അടങ്ങിയിരിക്കാൻ നമുക്ക് പറ്റില്ല അതു നമ്മളെ പുറകോട്ട് വലിക്കും അതു നമ്മളെ പുറകോട്ട് ഓടിപ്പിക്കും അപ്പം ഭയത്തിൽ നിന്ന് മുക്തമാവാൻ അച്യുതന്റെ പാദമാണ് ഉപാസിക്കേണ്ടതെന്ന് മനസ്സിലായി ഭയം എവിടുന്ന് വരുന്നു ഭയമിരിക്കുന്നത് ഒരു കാര്യത്തെ അഭിമുഖീകരിക്കാൻ എനിക്ക് സാധ്യമല്ലെന്ന വികാരത്തിലാണ് ഭയമിരിക്കുന്നത് ഈ തലത്തിലാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് ക്ഷുദ്രം ഹൃദയദൌർബല്യം ോത്തിഷ്ടപരന്ത ഏ അർജുന നീ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പുക എന്ന് പറയുന്നത് മുത്തശ്ശനോടും ഗുരുവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നിന്റെ ഉള്ളിലിരിക്കുന്ന ദൗർബല്യമാണെന്ന് എത്തിയ തിരിച്ചറിഞ്ഞു ഇത് പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ മനശാസ്ത്രജ്ഞനാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മൾ പലപ്പോഴും ഇത് തിരിച്ചറിയാറില്ല നമ്മുടെ ജീവിതത്തിൽ പലതിലും പുറകോട്ട് കാലുവയ്ക്കാൻ കാരണം പലതിനെയും അഭിമുഖീകരിക്കാൻ നമ്മുടെ മനസ്സിന് സാധ്യമല്ല ദൗർബല്യമാണ് നമ്മൾ തിരിച്ചറിയുന്നില്ല ദൗർബല്യം എവിടെയാണ് നിൽക്കുന്നത് ദൗർബല്യം നിൽക്കുന്നത് തെറ്റായ ഒരു അറിവിലാണ് എന്താ തെറ്റായൊരറിവ് ഒരു കാര്യത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തിയും കഴിവും അറിവും എനിക്കില്ല എന്ന ദൃഢമായ ഒരു തെറ്റായ വിശ്വാസം ഉറപ്പിച്ചു പിന്നെ മുന്നോട്ടു പോകാൻ സാധ്യല്ല ഒരു കുട്ടി ഇന്റർവ്യൂവിന് പോകുമ്പോഴേ നിശ്ചയിക്കുകയാണിത് പോയത് തന്നെയെന്ന് അവൻ തേടിച്ചുകൊണ്ട് ഇന്റർവ്യൂവിന് പോയാൽ തോറ്റത് തന്നെ തർക്കമില്ല എന്ന് പറയുന്നു പരീക്ഷയ്ക്കൊരു കുട്ടി ടെൻഷൻ അടിച്ചുകൊണ്ടാ പോകുന്നെങ്കിൽ അവരൊന്നും എഴുതി വെക്കാൻ പറ്റില്ല ഇന്നത്തെ കുട്ടികളുടെയൊക്കെ മെയിൻ പ്രശ്നം ഇതാണ് മിക്കവാറും രക്ഷിതാക്കൾ അത് തിരിച്ചറിയില്ല അവരുള്ള ടെൻഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയുടെ ഒന്നും എഴുതി വയ്ക്കാൻ പറ്റില്ല കാരണം മനസ്സ് ടെൻഷഡ് ആയിക്കഴിഞ്ഞാൽ വേണ്ടതൊന്നും വേണ്ടതുപോലെ തോന്നില്ല മനസ്സ് വളരെ റിലാക്സ്ഡ് ആയിരിക്കണം മനസ്സ് വളരെ ശാന്തമായിരിക്കണം ഒരച്ഛനും അമ്മയും പരീക്ഷയുടെ കുട്ടികൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യിക്കണം ഒരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കാൻ എന്ത് വന്നാലും കുഴപ്പമില്ല എന്ന് നീ പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുമെന്ന് പറയാൻ പറ്റണം സാരല്ല നിനക്ക് പറ്റും ധൈര്യമായിട്ടിരിക്കുമെന്ന് പറയാൻ പറ്റണം ഇതല്ല കൊടുക്കുക എഴുന്ന് വായിക്കണം നാളെ പരീക്ഷയില്ല വായിക്കട വായിക്കണ എന്ന് പറയും അവൻ അല്ലെങ്കിൽ അവനാകെ ടെൻഷനിലാണ് വായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നോക്കും പക്ഷെ കണ്ണൊക്കെ വേറെ എവിടെയെങ്കിലും അവൻ പോവാം ഈ ടെൻഷനിലാണ് ഇരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു സത്യം നല്ലവണ്ണം മനസ്സിലാക്കൂ എന്താണ് ഒരു കാര്യത്തെ അഭിമുഖീകരിക്കാനുള്ള അറിവും ശക്തിയും കഴിവുമില്ല എന്ന് എത്രയോ നാം ഉറപ്പിച്ചു വെച്ചു ജീവിതത്തിൽ മുന്നോട്ടു പോവാൻ സാധ്യല്ല ഇതിനെ മാറ്റാൻ എന്താ വേണ്ടത് അച്യുതനിലുള്ള പ്രേമം എന്ന് വെച്ചാൽ ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഏതിനെയും അഭിമുഖീകരിക്കാൻ സാധിക്കും ഭഗവാൻ എനിക്ക് ശക്തി തരും ഭഗവാൻ എനിക്ക് പ്രചോദനം തരും ഈ പ്രേമം നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ സാധിച്ചാൽ പ്രേതത്തെ പോലും നമുക്ക് തട്ടി മാറ്റാൻ പറ്റും പ്രേതം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വീഴില്ല ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും വീഴില്ല ഒരു ഡോക്ടർ പറയാണ് തോന്നുന്നു നിങ്ങളുടെ രോഗലക്ഷണം കണ്ടിട്ട് ക്യാൻസർ ആണ് എന്നുള്ളത് അത് കേട്ടാൽ പോലും നമുക്ക് പേടി ഉണ്ടാവില്ല ഡോക്ടറെ അത് ശരീരത്തിനല്ലേ ഉള്ളൂ എന്റെ മനസ്സിനില്ലല്ലോ എന്ന് പറയാൻ പറ്റും നമുക്ക് അല്ലെങ്കിൽ അത് കേൾക്കുമ്പോഴേക്കും ഗുരുവായപ്പ എന്ത് പാപ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എനിക്ക് മാത്രം ഇങ്ങനെ രോഗം വരുത്തി തരാൻ ഇതൊക്കെ നമ്മൾ കരയും എന്നിട്ട് നമ്മൾ കുറെ ഇരുന്ന് ദുഃഖിക്കും അതുതന്നെ മതി നമ്മുടെ മരണത്തിനെന്ന് പറയണം അങ്ങനെ നമ്മുടെ മനസ്സിനെ തളർത്താൻ അനുവദിക്കുന്നത് നമ്മൾ തന്നെയാണെന്ന് തിരിച്ചറിയൂ മനസ്സിലാവുള്ളി സമൂഹം നമ്മളെ തളർത്തിന്ന് വരും കാരണം സമൂഹത്തിന്റെ സ്വഭാവമാണത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ വീട്ടുകാരെ ഉപദ്രവിക്കുന്ന നാട്ടുകാർ കഷ്ടം എത്ര വയസ്സായി കഷ്ടട്ടോ വളരെ വിഷമം ഇന്നത്തെ കാലത്ത് കല്യാണൊക്കെ തർക്കം വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ജാതകം കഷ്ടട്ടോ ഇങ്ങനെ പത്ത് കഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടുകാർ അവിടെ കിടക്കും മനസ്സിലായില്ലേ ശരിയല്ല ചിന്തിക്കുള്ളൂ സമൂഹം അങ്ങനെയാ ചിന്തിക്കുള്ളൂ കുട്ടികളില്ല എത്ര വർഷമായി കരിയാണ് പത്തുവർഷം ഇങ്ങനെ പത്തുവട്ടം പറഞ്ഞാൽ തളർന്നു പോയതൊരാളും ഒരു സമൂഹത്തിന്റെ സ്വഭാവ എടുത്ത് അവർക്ക് വേറൊന്നും ചിന്തിക്കാനില്ല അപ്പൊ അവർക്ക് നാട്ടുകാരുടെ പ്രശ്നങ്ങളെ ചിന്തിക്കാനുള്ളൂ അവരുടെ വീട്ടിൽ ഉണ്ടായ കുട്ടികൾ കുഴപ്പമുണ്ടാക്കണ്ടാവും അത് കാര്യം എന്നാൽ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല അടുത്ത വീട്ടിൽ കുട്ടികളുണ്ടോ അടുത്ത വീട്ടിലെ പെൺകുട്ടിയുടെ കല്യാണം നടന്നിട്ടില്ലേ അടുത്ത വീട്ടിലെ മകൻ ജോലി കിട്ടിയിട്ടില്ല എത്ര വയസ്സ് ഇരുപത്താറ് <penuh> ം ഇനി നേരിയാവില്ല വന്ന് ഇവരാ നിശ്ചയിക്കുന്നതേ ഇതാവസ്ഥ ഇങ്ങനെയാണ് ലോകം എന്ന് പറഞ്ഞാൽ സമൂഹം നമ്മളോട് എന്ത് പറയണമെന്നുള്ള നിയന്ത്രണം നമുക്കില്ല അവർക്കെന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട് മനസ്സിലായില്ലേ പക്ഷേ നമ്മളതിനെ എങ്ങനെ സ്വീകരിക്കണം എന്നത് നിശ്ചയിക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ ഉൾക്കൊള്ളാണ് ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ എനിക്കെന്തിന്റെ ഒരു കുറവുള്ളത് ഭഗവാനുണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിന് തളരണം ഭഗവാൻ ഉണ്ടെങ്കിൽ ഞാനെന്തിനെ ദുഃഖിക്കണം അവരെന്തും പറഞ്ഞോട്ടെ അത് അവരുടെ നാവുകൊണ്ട് എന്ത് ഉൾക്കൊള്ളണമെന്ന് എനിക്ക് നിശ്ചയിക്കാൻ പറ്റും ശരിയല്ലേ എന്ത് വരും എന്നതിൽ നമുക്ക് നിയന്ത്രണമില്ല എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ ഈശ്വരൻ നമുക്ക് നിയന്ത്രണം തന്നിട്ടുണ്ട് ഇത് സമൂഹത്തിൽ എന്ന് നമ്മൾ പഠിക്കണം ഒരു ആന ഇങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ പട്ടികളൊക്കെ റോട്ടിലേക്ക് ഇറങ്ങി കുറയ്ക്കും ഈ അത്ഭുത ജീവിയെ കണ്ടിട്ട് ആന ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല അത് സാവകാശം ഒരു പരിഭ്രമവും ഇല്ലാതെ അടിവച്ച് അടിവെച്ച് മുന്നോട്ട് നടക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പട്ടി കുറയ്ക്കുമ്പോൾ വിരളി വിടിച്ചോടുന്ന ഒരു ആനയെ ഈ ഒരു ഒരു പട്ടി അതാ ഒരു വളരെ ശാന്തമായിട്ട് അങ്ങനെ ഒരു സംഭവം ലോകത്തിലവനെ ഒരു കുലുക്കും ഇല്ലാത്തതുപോലെ അവനങ്ങനെ അടിവച്ച് അടിവച്ച് നടക്കും കണ്ടിട്ടില്ലേ ചിത്രം ഈ രൂപ ഭാവ നിങ്ങൾ കണ്ടിട്ടില്ലേ അനുഭവം ഇതുതന്നെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കണം സമൂഹത്തിന്റെ അനുഭ സമൂഹത്തിന്റെ വായിലെന്തും വരട്ടെ ഞാനെങ്ങനെ കടന്നു പോകണം അതുകൊണ്ട് മഞ്ഞേ ഭയം അച്യുതസ്യ പാതാംബുജോപാസനം അത്ര നിത്യം ഉന്നിക്തബുദ്ധേര സദാത്മഭാവാൽ വിശ്വാത്മനായ നിവർത്തദേ എങ്ങനെയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മളെയൊക്കെ വേട്ടയാടുന്നത് ഭയമാണ് ഭയമിരിക്കുന്നത് മനസ്സിന്റെ ദൗർബല്യത്തിലാണ് ദൗർബല്യമിരിക്കുന്നത് എനിക്ക് ഒന്നിനും ശക്തിയില്ല കഴിവില്ല അറിവില്ല എന്ന തോന്നലാണ് ഇതിനെ പരിഹരിക്കാനുള്ള മാർഗം ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ എല്ലാം ഉചിതമായി വേണ്ട രീതിയിൽ നടക്കും ഞാൻ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ലെന്ന ദൃഢമായ പ്രേമമാണ് ഈ തലത്തിൽ ആ പദം ശ്രദ്ധിക്കണം നിത്യം എന്നത് പലരും ചോദിക്കാറുണ്ട് പറയാറുണ്ട് എന്നും നമുക്ക് ഭാഗവതം വായിക്കാൻ പാടുവുന്നു പൊതുവെ സ്ത്രീകൾക്കാണ് ഈ കൺഫ്യൂഷനൊക്കെ കൂടുതൽ പുറത്തായി കഴിഞ്ഞാൽ ഭാഗവതം വായിക്കാൻ പറ്റൂ വീട്ടിൽ പോലെ വന്നു കഴിഞ്ഞാൽ ഭാഗവതം വായിക്കാൻ പറ്റൂ കുട്ടികൾ വീട്ടിൽ ആരെങ്കിലും പ്രസവിച്ചു കഴിഞ്ഞാൽ ഭാഗവതം വായിക്കാൻ പറ്റൂ ഈ ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട് ഭാഗവതം വളരെ വ്യക്തമായിട്ട് പറയുന്നു നിത്യം അച്യുതോപാസന അച്യുത സ്മരണ നിത്യമുണ്ടാവണമെങ്കിൽ എപ്പോഴും ഭാഗവതം വായിച്ചുകൊണ്ടേയിരിക്കണം ശരീരത്തിന് അശുദ്ധി വന്നേക്കാം ശരീരത്തിന് ശുദ്ധി വന്നേക്കാം പക്ഷെ മനസ്സിനെ നേരെയാക്കാനാണ് ഭാഗവതം അനുഗ്രഹിക്കുന്നത് ശരീരത്തെ നേരെയാക്കാനല്ല ഇപ്പൊ ആള് മരിച്ചാലും മരിച്ചില്ലെങ്കിലും ജനിച്ചാലും ജനിച്ചില്ലെങ്കിലും നമുക്ക് പ്രകൃതി നിശ്ചയിച്ച എന്തൊക്കെയാണോ അതൊക്കെ വന്നാലും ഭാഗവതം കൈവിട്ടു പോകരുത് എന്നാണ് ഭാഗവതത്തെ സംബന്ധിച്ച് അത് ഭഗവാനാണ് ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവണമെങ്കിൽ ഭഗവാനെ എപ്പോഴും സ്മരിക്കണം എപ്പോഴും സ്മരിക്കണമെങ്കിൽ ഭാഗവതമൊക്കെ എപ്പോഴും കൊണ്ടു നടക്കണം ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം സ്വയം നമ്മൾ മനസ്സിലാക്കി ജീവിക്കണം അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ നമ്മളെ പിടികൂടും എന്താണ് ശുദ്ധിയും അശുദ്ധിയും ഒക്കെ വെച്ച് നമ്മൾ ജീവിക്കും ശരീരത്തിന്റെ അശുദ്ധിയൊന്നും മനസ്സിനെ ബാധിക്കുന്നതല്ലെന്ന് കണ്ടെത്തിയവരാണ് നമ്മുടെ പൂർവികന്മാർ അതുകൊണ്ട് ഇതൊക്കെ ഉൾക്കൊള്ളൂ ശരിക്കും മനസ്സിലാക്കൂ ഇതൊക്കെ കൂടുതൽ ആളുകൾക്ക് കൺഫ്യൂഷനാണ് അവരുടെ കൺഫ്യൂഷൻ തീർക്കാൻ സാക്ഷാൽ ഭഗവാനെ പോലും സാധ്യല്ല കാരണം അവരുണ്ടാക്കി വെച്ച കൺഫ്യൂഷനാണ് ഞങ്ങൾ ഭഗവത്ഗീത എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയും തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മരയുദ്ധ തസ്മാൽ അതുകൊണ്ട് സർവേഷു കാലേഷു സർവേഷു എല്ലാ കാലേഷു എപ്പോഴും മാം അനുസ്മര എന്നെ അനുസ്മരിക്കുക അപ്പൊ അനുസ്മരണം ശക്തമാവാൻ ഇതൊക്കെ നമ്മൾ എപ്പോഴും കൊണ്ടു നടന്നേ പറ്റുള്ളൂ പറയുക ഇതൊക്കെ പൊതുവെ കേരളീയരായിട്ടുള്ള സൗത്ത് ഇന്ത്യക്കാർക്കാണ് ഈ കൺഫ്യൂഷൻ നോർത്ത് ഇന്ത്യയിലൊന്നും ഈ കൺഫ്യൂഷനേ ഇല്ല അവർക്ക് ഈ കാര്യങ്ങളെ ചിന്തയില്ല നമുക്ക് അന്ധവിശ്വാസത്തിന്റെ നല്ലൊരു ശതമാനം നമ്മുടെ നാട്ടിലൊക്കെയുള്ളൂ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അന്ധവിശ്വാസങ്ങളൊന്നും അങ്ങനെയൊന്നും വിട്ടുപോവില്ല നമ്മളെ കാരണം നമ്മൾ കുറെ തെറ്റായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെന്നാൽ ഉത്തര പ്രദേശങ്ങളിലൊക്കെ ഉത്തര ഉത്തരേന്ത്യൻ നാടുകളിൽ പോയി കഴിഞ്ഞാൽ അവരിതൊന്നും ചിന്തിക്കുകയില്ല മനസ്സിലായിട്ടില്ലേ അവരുടെ ജീവിതം തന്നെ വേറെയാണ് പ്രിയണം പോട്ടെ അപ്പൊ പറഞ്ഞു അതുകൊണ്ട് അച്യുതസ്യ സ്മരണം ഉറയ്ക്കണം ആ പ്രേമം ഉറയ്ക്കണം അതിനെന്ത് വേണം ഇത് ഭാഗവതത്തിലൂടെ തന്നെ നേടിയെടുക്കാൻ സാധിക്കും ഭാഗവതം നമുക്ക് നേടിത്തരുന്നത് ആത്മലബ്ധയെ അവനവന്റെ ആത്മസത്തയിലേക്ക് അതായത് ഈശ്വര ശക്തിയിലേക്ക് ചൈതന്യത്തിലേക്ക് ഭാഗവതം നമ്മെ പിടിച്ചുയർത്തുകയാണ് ഭാഗവതം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് ഭാഗവതം ഉയർത്തിയിരിക്കും അതുകൊണ്ട് ആര് തന്റെ മനസ്സിനെ അച്യുത തത്വത്തിൽ ഉറപ്പിക്കുന്നു യാനാസ്തായണരോ രാജൻ ധാവൻ നിമീല്യവാത്രേ നസ്കളീപേഹ രാജൻ ആര് അവരുടെ മനസ്സിനെ ഈ ഭാഗവത തത്വത്തിൽ അച്യുത തത്വത്തിൽ ഉറപ്പിക്കുന്നു അവർക്കൊരിക്കലും പിന്നെ കൺഫ്യൂഷൻ എന്ന് പറയുന്നുണ്ടാവില്ല സംശയം ഉണ്ടാവില്ല നമ്മളിതൊന്നും പഠിക്കാത്തതുകൊണ്ടാണ് സംശയങ്ങൾ നമ്മൾ വേട്ടയാടുന്നത് ഭഗവാന്റെ ഒരു പേരാണ് ചിഹ്ന സംശയമാണ് ചിഹ്ന സംശയം എന്ന് പറഞ്ഞാൽ തമിഴിലുള്ള ചിഹ്ന സംശയമല്ല തമിഴിൽ ചിഹ്ന സംശയം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംശയത്തോടുകൂടിയവെന്നാണ് ചിഹ്ന സംശയം എന്ന് പറഞ്ഞാൽ ഒട്ടും സംശയമില്ലാത്തവൻ സംശയങ്ങളെ ഛേദിച്ചവൻ ആരോ അവൻ ചിഹ്ന സംശയ ആര് ഈ ഭാഗവതം ഉൾക്കൊണ്ട് ജീവിക്കുന്നു പഠിക്കുന്നു മനസ്സിലാക്കുന്നു അവർക്കെവിടെയാണ് പ്രമാദം മറവി സംശയം എന്നാണ് ചോദിക്കുന്നത് ആരൊരു നല്ലവണ്ണം ഉൾക്കൊണ്ട് ജീവിക്കുന്നു അവര് കണ്ണുകെട്ടി ഓടിക്കോട്ടെ എന്നാ ഭാഗവതം പറയുന്നത് ധാവൻ നിമീല്യവാ നേ നേത്ര നിമീല്യെന്നാണ് കെട്ടുക കണ്ണിനെ കെട്ടി ഓടിക്കോട്ടെ നിന്ന പതി പിന്നെ വീഴില്ല എന്നാ താലടറി വീഴില്ല അവരൊരിക്കലും അല്ല സ്വാമി ഇവിടുന്ന് നമ്മൾ കണ്ണുകെട്ടി ഓടി ഒന്നും പറ്റില്ലേ റോട്ടിലേക്ക് ഇറങ്ങിയ പറ്റില്ല കാരണം പറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കൂ മനസ്സിലായില്ലേ ഇത് സ്ഥൂലഗതിയിൽ പറയല്ല ഒക്കെ സൂക്ഷ്മമായിട്ട് പറയുകയാണ് നമ്മൾ ഇതു ഉൾക്കൊണ്ട് ജീവിച്ചാൽ ആരൊക്കെ വിചാരിച്ചാലും പിന്നെ നമ്മളെ തളർത്താനോ തകർക്കാനോ സാധ്യമല്ല നമുക്ക് ആന്തരികമായ ഒരു ശക്തിയും ഉണർവും വരും ഞാൻ നേരത്തെ പറഞ്ഞേ സമൂഹം പരിഹസിച്ചാലും സമൂഹം കളിയാക്കിയാലും സമൂഹം നമ്മൾ പരാജിതരാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല ബോധ്യം വരും എന്നെ അങ്ങനെയൊന്നും പരാജയപ്പെടുത്താൻ സാധ്യമല്ല കാരണം അച്യുതൻ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം വരുന്നവരെയാണ് ഈ തത്വമാണ് നമുക്ക് ഉറക്കേണ്ടത് അതിന് ലളിതമായൊരു ജീവിത രീതിയും ഭാഗവതം പറഞ്ഞിരുന്നു ഏതാണത് എല്ലാവർക്കും പരിചയമുള്ള ഒരു ശ്ലോകത്തെ ഇവിടെ ആവർത്തിക്കുകയാണ് ഭാഗവതത്തിലാണ് ഈ ശ്ലോകം വരുന്നത് വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ് കായേനവാച മനസേന്തിയേരുവാ ബുദ്ധിയാത്മനാവനുസൃതസ്വഭാവൽ കരൂമിയൽ സകലം പരസ്മൈ ാരായണായ സമർപ്പയത കായേന വാച മനസ ഇന്ദ്രിയെ സ്വഭാവാ ഏതേത് കരോതി തത് തത് നാരായണായതി സമർപ്പിയത് വളരെ സുന്ദരമായ ഒരു ശ്ലോകമാണ് നമ്മളിതൊക്കെ ചൊല്ലുന്ന ഒരു ശ്ലോകമാണ് എല്ലാവർക്കും അറിയുന്ന ശ്ലോകമാണ് പക്ഷെ നമ്മൾ ചൊല്ലാറുണ്ട് ഉൾക്കൊള്ളാറില്ല എന്നുള്ളത് കാര്യം കായേന ശരീരം കൊണ്ടും മനസാ മനസ്സുകൊണ്ടും ഇന്ദ്രിയെ ഇന്ദ്രിയങ്ങളെ കൊണ്ടും സ്വഭാവാൽ സ്വഭാവത്തിനനുസരിച്ച് സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും പെണ്ണായും ആണായും അച്ഛനായും അമ്മയായും ഭാര്യയായിട്ടും ഭർത്താവായിട്ടും ഉദ്യോഗസ്ഥനായും ഉദ്യോഗസ്ഥയായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട് ഏതേത് സ്വഭാവത്തിൽ ജീവിക്കുന്നുവോ ആ സ്വഭാവത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്തെന്തൊക്കെ നാം ചെയ്യുന്നുവോ തത് തത് എത് ഏത് കരോതി യാതൊന്ന് ഏതൊന്ന് ചെയ്യുന്നുവോ തത് തത് നാരായണായേതി സമർപ്പി നാരായണനായിട്ട് സമർപ്പിക്കൂ ഇത് ഈ ശ്ലോകം മനസ്സിലാക്കാൻ എളുപ്പമാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് അതിന്റെ ഭംഗി നമ്മൾ മനസ്സിലാക്കുക നാരായണന് വേണ്ടി സമർപ്പിക്കൂ എന്നാണ് പറയുന്നത് ഏത് നാരായണന് ഇപ്പൊ നാരായണനെ ആദ്യം മനസ്സിലാക്കണം നാരായണൻ എന്ന് പറയുമ്പോഴേക്കും ആയിരം പണങ്ങളുള്ള ഒരു അനന്തന്റെ മുകളിൽ കിടക്കുന്ന നാരായണനായിട്ടല്ല ഇവിടെ പറയുന്നത് ഇവിടെ നാരായണൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രജ്ഞ ആത്മാപുരുഷ പുരാണോ നാരായണോ ഭഗവാൻ വാസുദേവ അഞ്ചാമത്തെ സ്കന്ധത്തിൽ നാരായണനെ നിർവചിക്കും രണ്ടാമത്തെ സ്കന്ധത്തിൽ പത്താമത്തെ അധ്യായത്തിൽ നാരായണനെ നിർവചിക്കും നാരായണൻ എന്ന ശബ്ദത്തിന് അനേകം വ്യാഖ്യാനങ്ങൾ നമ്മുടെ പൂർവികന്മാർ പറയും അതിൽ പ്രസിദ്ധമായ വ്യാഖ്യാനം രണ്ടെണ്ണാണ് ഒന്ന് നാരം എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ് അർത്ഥം വെള്ളത്തിൽ അയണം ചെയ്യുന്നവനാരോ അവൻ നാരായണൻ സ്ഥൂലകഥ പറയുമ്പോൾ പറയും പാലാഴിയിൽ ശയിക്കുന്നവൻ ആരാണോ പാലാഴി ശയണം പാലാഴിയിൽ കിടക്കുന്നവൻ ഭഗവാനെ പറയും സൂക്ഷ്മമായിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ ജീവന്റെ ആദ്യത്തെ ആ പ്രകടനം വെള്ളത്തിലൂടെയാണ് നമുക്കറിയാം അപ്പൊ എല്ലാ ജീവനും ഏതൊരു സത്യ ത്തിലാണോ അയനം ചെയ്യുന്നത് അവൻ നാരായണൻ എന്നർത്ഥം ഇപ്പൊ വെള്ളം എന്ന് പറഞ്ഞാൽ സ്ഥൂല വെള്ളത്തെയല്ല പറയുന്നത് എല്ലാ സകല ജീവനും ആശ്രയമായിരിക്കുന്നവൻ ആശയമായിരിക്കുന്നവനാരോ അവൻ നാരായണൻ ഇനി മറ്റൊരു വ്യാഖ്യാനം നാരം എന്ന് പറഞ്ഞാൽ അറിവ് എന്നൊരർത്ഥമുണ്ട് ജ്ഞാനം എന്നൊരർത്ഥമുണ്ട് നാരം അത് സ്വരൂപമായിട്ടിരിക്കുന്നവനാരോ അവൻ നാരായണൻ എന്ന് വെച്ചാൽ അറിവാകുന്ന ചൈതന്യം കൊണ്ട് ഓരോരുത്തരെയും ചൈതന്യവത്താക്കുന്നവനാരോ അവൻ നാരായണൻ അപ്പൊ നമ്മളിലൊക്കെ അറിവാകുന്ന ഒരു ചൈതന്യം ഇവിടെ ഇരിക്കുന്നു എന്നൊരു ബോധം നമുക്കുള്ളത് ആ ബോധം നമുക്ക് ഉണ്ടാവാനുള്ള കാരണം ഈ ശരീരത്തിൽ അങ്ങനെ ഒരു ചൈതന്യം നിറഞ്ഞിരിക്കുന്ന കൊണ്ടാണ് ഒരു ശവത്തിന് ഒരിക്കലും അങ്ങനെ തോന്നൽ വരില്ലേ ഞാനിവിടെ കിടക്കുന്നു എന്നുള്ളത് ഉണ്ടോ ശവം പറയാറുണ്ടോ ആരും വല്ലാതെ ഞാൻ അവിടെ കിടക്കുകയാണെന്ന് േ വേറൊരു ശവം പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ബോധം അതിൻ്റെ ഉള്ളിലില്ല അപ്പൊ ചൈതന്യത്തിലാണ് അറിവിരിക്കുന്നത് ആ അറിവാകുന്ന സ്വരൂപത്തോടുകൂടി നാരായണം ശരി ഇനി നാരായണന് വേണ്ടി സമർപ്പിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് അർത്ഥങ്ങളാണ് ആചാര്യന്മാരത് നിർവചിക്കുമ്പോൾ പറയാം ഒന്ന് നാരായണന് വേണ്ടി സമർപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യുന്നുവോ അത് അവർക്കല്ല ചെയ്യുന്നത് ചെയ്യുന്നത് നാരായണന് വേണ്ടിയിട്ടാണ് അപ്പൊ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഉള്ളിലൊരു ബോധം വേണം ഇത് വീട്ടിൽ ആർക്കും വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് ഞാൻ ആർക്കും ചെയ്യുന്നു നാരായണൻ നാരായണൻ എന്നാൽ ആനന്ദം എന്നാണ് അറിവ് ആനന്ദമാണല്ലോ ഭഗവാന്റെ സ്വരൂപം ആനന്ദമാണ് സന്തോഷമാണ് അപ്പൊ ഭഗവാൻ വേണ്ടി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം സന്തോഷത്തോടി ആനന്ദത്തോടുകൂടി പ്രീതിയോടുകൂടി ഒരു കാര്യം ചെയ്യുക വെറുത്ത മനസ്സോടുകൂടി ഒന്നും ചെയ്യാതിരിക്കുക അത് തന്നെയാണ് നാരായണ പൂജ എന്ന് പറയുക അല്ലാതെ നമ്മളിതൊക്കെ ചെയ്തിട്ട് കായേനവാച മനസ്സിൻ തേർവ ബുദ്ധിയാത്മനാവ പ്രദേശ കരൂമിയെത്തിയ സ്ഥലം നാരായണായി ശബ്ദ പിടിച്ചു പോകും കഴിഞ്ഞു എൻ്റെ അങ്ങനെ ഇട്ടെഴുതി പോകലല്ല നാരായണ ഇത് സമർപ്പയാമേ അതൊക്കെ ഒരു സ്ഥൂല രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു മീഡിയമാണത് അപ്പൊ നാരായണന് വേണ്ടി ചെയ്യുക എന്ന് പറയുന്നത് പ്രീതിയോടും സന്തോഷത്തോടും കൂടി ചെയ്യുക ഒന്നും വെറുത്ത മനസ്സോടുകൂടി ചെയ്യാതിരിക്കുക രാവിലെ എണീക്കുന്നത് മുതൽ ഹാവ് കഷ്ടം ഇന്നും എണീക്കേണ്ടി വന്നല്ലോ ഭഗവാനേന്ന് അങ്ങനെ നീക്കാതിരിക്കുക അടുക്കളയിലേക്ക് കയറുമ്പോൾ ഗുരുവായപ്പ ഈ അങ്ങനെ പോവാതിരിക്കുക ഇനിയും ഓഫീസിലേക്ക് പോകുമ്പോൾ ഗുരുവായപ്പ ഈ ശാപത്തിൽ നിന്നാ മുക്തനാവുക എന്ന് പറയാതിരിക്കുക എല്ലാം ഭഗവത് അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രീതിയോടുകൂടി സന്തോഷത്തോട് ചെയ്യാൻ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ദുഃഖം തൊണ്ണൂറ്റൊൻപത് തീരും ഈ എയർ ഹോസ്റ്റസിന്റെ കഥ പറഞ്ഞില്ലേ ഞാൻ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന എയർ ഹോസ്റ്റസ് അതാണ് വാസ്തവത്തിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടല്ലോ അത് വലിയൊരു അനുഭവമാണത് ആര് വരുമ്പോഴും കോൾഗേറ്റ് അച്ചിരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അവരെ പരിശീലിപ്പിച്ചിരിക്കുന്നത് ആ സന്തോഷത്തോടുകൂടിയിട്ടൊരു കാര്യം പറയുമ്പോ അവരുടെ മന മുഖം കാണുമ്പോഴേ നമുക്ക് പകുതി ടെൻഷൻ പോകുന്നവരെയാണ് നേരെ മറിച്ച് പ്ലെയിനിൽ യാത്ര ചെയ്യുന്നു എയർ ഹോസ്റ്റസിനോട് കാപ്പി െന്ന് പറഞ്ഞിട്ട് അവൾ മത്തങ്ങ പോലെ മുഖം കാണിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് കാപ്പിയെ വേണ്ടതോ ഇയാൾക്കൊന്നും എങ്ങനെ വയറുവേദന വന്നത് അവിടെ മുഖം കാണുമ്പോൾ വയറുവേദന തോന്നും നമ്മുടെ വീട്ടിൽ നമ്മൾ അങ്ങനെയൊക്കെ പെരുമാറ് വൈകുന്നേരം ഓഫീസ് വിട്ട് ഭർത്താവ് വരുന്ന സമയത്ത് കാപ്പിയൊക്കെ ചെല്ലുന്ന സമയത്ത് ഒന്ന് പുഞ്ചിരിക്കുക അദ്ദേഹത്തിന് പുഞ്ചിരി വരുന്നില്ലെങ്കിലും പുഞ്ചിരിക്കുക കുറെ കഴിഞ്ഞാൽ അദ്ദേഹം ചിരിക്കും കാരണം എന്താണ് അങ്ങനെ ജീവിതം മാറി വരും എന്ന് അങ്ങനെ സന്തോഷത്തോടുകൂടി പ്രേമത്തോടുകൂടി ആനന്ദത്തോടുകൂടി ഇനി എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും അങ്ങനെ തന്നെ ജീവിക്കുക അതിനെങ്ങനെ പറ്റൂ സ്വാമി അയാൾ ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യനാണെന്ന് അതുകൊണ്ടാണ് നാരായണായി സമർപ്പയാമി എന്ന് പറഞ്ഞത് അയാൾക്ക് വേണ്ടി ചെയ്യണമെന്നല്ല ഭാഗവതം പറഞ്ഞിരിക്കുന്നത് ആർക്ക് വേണ്ടി ചെയ്യണം ഇതെന്റെ ഗുരുവാരപ്പിന് വേണ്ടിയിട്ടാണ് ചെയ്യണതെന്ന് അതുകൊണ്ട് നമ്മുടെ ഭാരതീയർ എന്തുണ്ടാക്കുമ്പോഴും ആദ്യം ഭഗവാന് വെച്ചിട്ടേ ചെയ്യുള്ളൂ ആദ്യം വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാനെ ഇന്ന് ഉണ്ടാക്കിയതൊക്കെ അങ്ങയ്ക്ക് ബോധം വയ്ക്കാനാണ് പക്ഷെ ആളുകൾ എന്ത് ചെയ്യും പാലെടുത്തിട്ട് ആ ഒരു ഗ്ലാസ് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവയ്ക്കും എന്നിട്ട് അത് അവിടെ വെച്ചിട്ട് കൂറെടുത്ത് കഴിക്കുകയും ചെയ്യും അല്ലെങ്കിൽ കൂറെ അല്ലെങ്കിൽ വല്ല ഭാത്തി കഴിക്കും ഇങ്ങനെ ഒരു ഭക്തിയിലാണ് നമ്മൾ ജീവിക്കണം അത് വേണം പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് ഇന്ന് ചെയ്യുന്നത് അങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ് നോക്കൂ നമ്മുടെ ആ സംസ്കൃതി അത് ഭാരതത്തിൽ മാത്രമേ ഒരു ഷോപ്പ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദുവാണെങ്കിൽ ആദ്യം തന്നിട്ട് ചന്ദനത്തിരി അല്ലെങ്കിൽ വിളക്ക് വളർത്തിയിട്ടാണ് തുടങ്ങിവെക്കുക ഇല്ലേ ആ സംസ്കാരം അങ്ങനെയാണത് അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ചെയ്യുന്നത് ഇത് അങ്ങേക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ തോന്നണേ ഭഗവാനെ നാം അത് തുടക്കത്തിൽ ചെയ്യും പിന്നെ ചെയ്യില്ല അവിടെയാണ് നമ്മൾ അതിന്റെ ലിങ്ക് വിടുന്നത് ഇനി രണ്ടാമത് നാരായണ വേണ്ടി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തെന്ത് അനുഭവങ്ങൾ വരുന്നുവോ അത് ഭഗവത് പ്രസാദമായിട്ട് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവുക നാരായണന് വേണ്ടി ചെയ്താൽ കൂലി വരുന്നതും ആരായിരിക്കണം നാരായണൻ അപ്പോ ജീവിതത്തിൽ സുഖം വാ യതിവാ ദുഃഖം സുഖം വരട്ടെ ദുഃഖം വരട്ടെ നാരായണൻ തന്നിരിക്കുന്നു എനിക്ക് ഭഗവാൻ തന്നിരിക്കുന്നു ഇത് പറയാൻ സാധിച്ചാൽ തന്നെ ദുഃഖങ്ങളെ നമുക്ക് ഇല്ലാതെയൊക്കെ സാധിക്കും പ്രഹ്ലാദൻ ഭക്തനായി ജനിച്ചിട്ടും അച്ഛന്റെ ദ്രോഹം അനുഭവിക്കേണ്ടി വന്നു അല്ലേ ഹിരണ്യകശു ദ്രോഹിച്ചു ആ കുട്ടിയെ വേണ്ടി നിശ്ചയിച്ചു ആ അതിലൂടെയൊക്കെ കടന്നുപോയി കുട്ടി പക്ഷെ കുട്ടി തളർന്നു പോയില്ല അപ്പോഴും പറയുന്നത് നവലംശ്ചരാജൻ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് മാത്രമല്ല എല്ലാവർക്കുമുണ്ട് എല്ലാ ദേഹികൾക്കുമുണ്ട് ദേവന്മാർക്കുമുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഭഗവാന്റെ ലീലയായിട്ട് ഞാൻ കാണുന്നു എന്ന് പറയാൻ കുട്ടിക്ക് സാധിച്ചു അപ്പോ നാരായണായതി സമർപ്പയാമെന്ന് പറഞ്ഞാൽ എന്തെന്ത് ചെയ്യുന്നതും നാരായണ പ്രേമത്തിൽ ചെയ്യണം എന്തെന്ത് സ്വീകരിക്ക കിട്ടുന്നതും ഉണ്ടാവുന്നതും നാരായണ പ്രേമത്തിൽ സ്വീകരിക്കാൻ സാധിക്കണം കംപ്ലൈന്റുകൾ ഉണ്ടാവരുത് വരിയാണ് പരാതികൾ ഉണ്ടാവരുത് എന്തിന് ഗുരുവായപ്പ ഇങ്ങനെ ഒരു അനുഭവം തന്നു എന്ന് പറയരുത് ഭഗവാൻ തന്നു ഇങ്ങനെ നിശ്ചയിച്ചിരിക്കണോ ഞാൻ സന്തോഷമായിട്ടിരിക്കും എന്നങ്ങോട്ട് നിശ്ചയിച്ച് ജീവിക്കാൻ കരുത്തു തരുന്നൊരു ശ്ലോകമാണ് കായേനവാച മനസ്സേന്തിയ ുദ്ധ്യാത്മനാഭ പ്രകൃതി സ്വഭാവിയ സകലം പരസ്മൈ ആരായണായേ സമർപ്പയാമി ഈ തലങ്ങളിലേക്ക് ഉയരാൻ എളുപ്പമൊന്നും പറ്റില്ലല്ലോ സ്വാമി ഇത് പറയാൻ എളുപ്പമാണ് എല്ലാം ഇപ്പൊ നാരായണന് വേണ്ടി ഒന്നും ചെയ്യാൻ തോന്നില്ല രാവിലെ തന്നെ എണീറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നാരായണന് വേണ്ടി തോന്നു എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കി വെച്ച് മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ ഒരുത്തം പറയും പോ ഇത് വായലേക്ക് വയ്ക്കാൻ പോലും കൊള്ളില്ല അപ്പൊ മനസ്സ് നാരായണന് വേണ്ടി ചെയ്തു നല്ലല്ലോ തോന്നുക അവ നാലെണ്ണ പടച്ചു കൊടുക്കാനോ തോന്നുക ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ആ അടുക്കളയിൽ കുത്തി മറഞ്ഞിട്ട് ഇങ്ങനെയൊരു വർഗം എനിക്കുണ്ടായിപ്പോലല്ലോ ഗുരുവായൂരപ്പൊ എന്തിനാ ഈ വംശത്തേക്കും കൊണ്ട് പറഞ്ഞേച്ചിരിക്കുന്നത് ഇത് യാദവ വംശത്തിന് ആക്കിയാണോ തോന്നണോ തോന്നുന്നു ഇങ്ങനെയൊക്കെയാണ് നമുക്കിപ്പോ തോന്നുന്നത് നാരായണായതിനൊന്നും തോന്നുന്നില്ലല്ലോ ഇത് ഒരു രാത്രി കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ തോന്നില്ല അത് തോന്നാൻ എന്ത് വേണം അത് ഉറക്കുന്നതുവരെ ശൃണ്ൻ ഗൃണൻ സുക്ഷുണൻ സുഭദ്രാണിരാംഗവാണി നാമാനി കർമാണി തദർത്തി ശൃൻ സുഭദ്രാണിരാംഗവാണി ജന്മാനി കർമാണി ചയാളി ലോകേ നാമാനി ഗീതാതി തദർത്ത ഗായൻ വിലജ്ജോ വിചരേത സങ്ക പറയുന്നു ശൃണ്ൻ കേൾക്കണം എന്തു കേൾക്കണം സുഭദ്രാണിരാംഗമാണേ ജന്മാണി കർമാണി സുഭദ്രവാണിയേരിക്കുന്ന ഭഗവാന്റെ ജന്മകർമ്മങ്ങളടങ്ങുന്ന ഈ ഭാഗവതത്തെ കേൾക്കൂ എങ്ങനെ കേൾക്കണം നാമാണി തത് അർത്ഥകാനി അർത്ഥത്തോടുകൂടി കേൾക്കൂ മനസ്സിലാക്കൂ എന്ന് ഭാഗവതം നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വെറും കഥകൾ കേട്ടു പോയാൽ പോരാ അതിന്റെ കൂടി മനസ്സിലാക്കൂ ഗായൻ വില പിന്നെ ജീവിതം ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മുക്തമായി വിലജ്ജമായി തീരും വിലജ്ജ എന്ന് പറഞ്ഞാൽ ലജ്ജ വിട്ടുപോകുന്ന ലജ്ജ എന്ന് പറയുന്നത് നാണെന്നൊരർത്ഥമുണ്ട് ഭയം എന്നൊരർത്ഥമുണ്ട് ജീവിതത്തിലെല്ലാ ഭയത്തിൽ നിന്നും നമ്മൾ മുക്തരായി തീരുന്നതാണ് അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ സാധിക്കും അപ്പോ എന്താ വേണ്ടത് ഇതി അച്യുതൃ പവന്തി വൈ ഭാഗവത രാജന്തരം ഇത് അച്യുതാങ്കിംബരോല ആരാണോ ഭക്തിയോടുകൂടി പ്രേമത്തോടുകൂടി ആ അച്യുത തത്വത്തെ നിരന്തരം സ്മരിക്കുന്നത് ഭക്തി അവർക്ക് ഭഗവത് പ്രേമം ഉറച്ചു കിട്ടും എന്ത് ചെയ്യുമ്പോഴും ഭഗവത് സ്മരണ വരും പ്രേമം വരും രണ്ട് അവരുടെ ഉള്ളിൽ ഏതനുഭവത്തെയും ഭഗവത് പ്രസാദമായി സ്വീകരിക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല വിരക്തി ഏതിലൂടെയും കടന്നു പോകാനുള്ള ധൈര്യം അവർക്കുണ്ടാവും ആത്മവിശ്വാസവും ആത്മധൈര്യവും ഉണ്ടാവും മൂന്ന് എപ്പോഴും ഭഗവാൻ കൂടെയുണ്ടെന്ന ജ്ഞാനം ദൃഢമായി തീരും അങ്ങനെ പരാം ശാന്തി ഉപേരി അവർ പരമമായ സുഖം ശാന്തി ആനന്ദം മനസ്സമാധാനം ഇവിടെ കൈവരിക്കും രാജൻ പറയാണ് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കൈവരിക്കാൻ പറ്റുന്നതാണ് ഉടനെ രാജാവ് ചോദിക്കുകയാണ് അങ്ങനെ ഭക്തിയിലേക്ക് ഉയർന്ന മഹാത്മാക്കൾ ആരൊക്കെയാണ് ഒരു ഭക്തൻ ആ ഭക്തിയിലേക്ക് ഉയർന്നു എന്ന് എപ്പം മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്ന ഭക്തന്മാരാണ് തീർച്ചയായിട്ടും നമ്മൾ തൊഴുന്നുണ്ട് ചന്ദനം തൊടുന്നുണ്ട് പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട് പക്ഷെ ശരിക്കുള്ളൊരു ഭക്തനാണോ നമ്മൾ എന്നുള്ള എങ്ങനെ അറിയാൻ പറ്റുക അത് മാത്രമാണോ ഭക്തൻ്റെ ഭക്തൻ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ അറിയാൻ പറ്റും ഈ ഒരു ചോദ്യം നമുക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ചോദിക്കുകയാണ് അടുത്ത ആളോട് ഹരി എന്ന് പറയുന്ന മഹാത്മാവിനോട് ഹരി എന്ന് പറഞ്ഞാൽ തന്നെ ഭക്തി എന്നാണ് അർത്ഥം പ്രേമം എന്നാണ് അർത്ഥം അപ്പൊ ഹരിയോട് ചോദിക്കുകയാണ് ഭക്തനായി തീർന്നു ഭക്തിയിലേക്ക് ഉയർന്നു എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഉടനെ പറഞ്ഞു ഭക്തന്മാര് മൂന്ന് തട്ടിലാണ് മൂന്ന് തലങ്ങളിലാണ് ഇരിക്കുന്നത് ഭക്തന്മാര് അതിലേറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിയ ഭക്തൻ ഭക്ത ഉത്തമനാണെന്ന് പറയാനും അവനെ ഉത്തമ ഭക്തൻ ഭക്തോത്തമെന്ന് വിളിക്കും അവനാരാണ് ആദ്യം തന്നെ അവനെ പരിചയപ്പെടുത്തുന്നു അവരെ പരിചയപ്പെടുത്തുന്നു ഹരി സർവഭൂതീഷു യപ്പശ്യൽ ഭഗവത് ഭാവമാത്മന ഭൂതീഷു ഭഗവത്യാത്മനി ഏഷ ഭാഗവതോത്തമ സർവഭൂതീഷു യഹ ഭഗവത്ഭാവം പശ്യത യഹ ആരാണോ എല്ലാ ഭൂതങ്ങളെ കാണുമ്പോഴും ഒരേ ഭഗവത് ശക്തിയിലാണ് സത്യത്തിലാണ് എല്ലാവരും ഇരിക്കുന്നതെന്ന ബോധം അവർക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നത് എല്ലാവരെ കാണുമ്പോഴും നമ്മൾ അവരുടെ സ്ഥൂല ശരീരത്തെ അല്ല കാണുന്നത് അവരുടെ ശരീരം ഇരിക്കുന്നത് ഒരു അനന്തമായ ഭഗവത് ചൈതന്യത്തിലാണെന്ന് ആർക്ക് തോന്നുന്നുണ്ടോ അതുപോലെ തന്നെ കാണുമ്പോഴും തന്നിലും അതേ ഭഗവത് ചൈതന്യം ശക്തിയിരിക്കുന്നതായിട്ട് ആർക്ക് തോന്നുന്നുണ്ടോ അവൻ ഭാഗവതോത്തമനാണ് അവർക്ക് അമ്പലത്തിൽ പോകണമൊന്നുമില്ല അവർക്ക് പൂച്ചയെ കാണുമ്പോഴും പട്ടിയെ കാണുമ്പോഴും മനുഷ്യനെ കാണുമ്പോഴും അതിലൊക്കെ അവർക്ക് ഭഗവാനെ കാണാൻ സാധിക്കും ഭഗവാനെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ആ ഭഗവത് ദർശനം ഇതിനെ പറയും സുദർശനം ശ്രേഷ്ഠമായ ഒരു ദർശനം അവർക്കുണ്ടാവുമെന്ന് പറയാണ് എല്ലാവരിലും ഭാഗവതം ഭഗവത്ഗീതയിൽ പറയും വിദ്യാവിനയസമ്പന്നി ബ്രാഹ്മണേ ഗവിഹസ്തിനിവശ്വഭാഗ പണ്ഡിതാസമദർശിന പട്ടിയിലും പട്ടി കഴിക്കുന്ന ചണ്ടാളനിലും ബ്രാഹ്മണനിലും അതുപോലെ ആനയിലും പട്ടിയിലൊക്കെ അയാൾക്ക് ഈശ്വര ഒരുപോലെ കാണാൻ സാധിക്കുന്നു ഇനി നാളെ നമ്മൾ പതിനൊന്നാം സ്കന്ധത്തില് ഉദ്ധവോപദേശത്തിന്റെ അവസാന ഭാഗം എത്തുമ്പോൾ ഇരുപത്തൊൻപതാം അധ്യായത്തിൽ ഭഗവാൻ ഉദ്ധവരോട് പറയും ഉദ്ധവരെ ആരാണ് ഭക്തോത്തമനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിതനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണോ ഭഗവത് ചൈതന്യം എല്ലാവരിലും കാണുന്നത് അവിടെ ബ്രാഹ്മണേ പുഷ്കസേ തേനേ ബ്രഹ്മണ്യർക്കേ അക്രൂരേ ക്രൂരകേ ചെയ സമതൃ പണ്ഡിതോ ഒരു ബ്രാഹ്മണനിലും ഒരു ചണ്ടാളനിലും സൂര്യകിരണത്തിലും അഗ്നി അതുപോലെ തന്നെ ക്രൂരനിലും അക്രൂരനിലും കള്ളനിൽ പോലും ഈശ്വര ചൈതന്യം കാണാൻ സാധിക്കുക അപ്പൊ വീട്ടിലൊരു കള്ളൻ കയറിക്കഴിഞ്ഞാൽ നമസ്കരിക്കാൻ തോന്നുക ഇപ്പൊ നമുക്ക് നമസ്കരിക്കാൻ പറ്റില്ല ഓടാനേ തോന്നുള്ളൂ അല്ല അയാൾ ഒരു ഈശ്വരനായിട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പോ അങ്ങനെ ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭാഗവതോത്തമനായി തീർന്നു എന്നാണ് ഭാഗവതം പറയുന്നത് ഈ ജന്മം നമുക്ക് പറ്റുമോ ഭാഗവതം പറയുന്നു പറ്റുന്നു അതിനുണ്ട് വേണം ആദ്യം രണ്ടാമത്തെ തറ്റിലേക്ക് കയറണം അതാരാണ് രണ്ടാമത്തെ തട്ടിരിക്കുന്നത് അതായത് ഭാഗവതോത്തമന്റെ അടുത്തെത്താൻ യോഗ്യനായിട്ടുള്ള ആളാരാണ് അയാളെക്കുറിച്ച് പറയുകയാണ് ഈശ്വരേ തദതീനേഷോ ബാലിശേഷോദിശസ്വജ പ്രേമമൈത്രി കൃഹോപേക്ഷ യക്കരോദി സമദ്യമ ആര് ഇങ്ങനെ ജീവിക്കുന്നു അവൻ മദ്യമ അവൻ താഴെയുള്ള തട്ടിലാണ് എന്ന് വെച്ചാൽ അവൻ ഭാഗവതോത്തമനെത്തി ആയിട്ട് തീർന്നിട്ടില്ല എല്ലാവരിലും ഈശ്വര ചൈതന്യം കാണാൻ പറ്റിയിട്ടില്ല അയാൾക്ക് അയാൾക്ക് അപ്പോഴും കാണാൻ സാധിക്കുന്നത് വ്യത്യസ്തരായിട്ടാണ് എങ്ങനെയൊക്കെ ഈശ്വരേ പ്രേമം ഈശ്വരനോട് പ്രേമം അമ്പലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രേമാണ് ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രേമമാണ് നാരായണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭഗവത് പ്രേമം അദ്ദേഹത്തിന് നല്ലവണ്ണം ഉണ്ടാവും തത് അതീരേഷു ബന്ധപ്പെട്ട ഭക്തന്മാരെ കാണുമ്പോൾ അദ്ദേഹത്തിന് സ്നേഹമുണ്ട് ഭക്തന്മാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ നല്ല കാര്യങ്ങൾക്കൊക്കെ അയാൾ നേതൃത്വം കൊടുക്കാനും പോയി പ്രവർത്തിക്കാനും തന്നാലാവുന്ന സേവനവും പണവും എന്തും ചെയ്യാൻ അയാൾ തയ്യാറാണ് ബാലിശേഷു ഇതിനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർ ബാലിശെന്നുള്ള കുട്ടി എന്നല്ല ഇവരൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ അവരോടൊക്കെ അയാൾക്ക് കൃതയുണ്ട് അയാൾക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു വിചാരമുണ്ട് ഇവർക്കൊക്കെ വേണ്ടി എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക എന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് അയാൾക്ക് എന്നാൽ ഇതിനെയൊക്കെ എതിർക്കുന്ന വിമർശിക്കുന്ന നിന്ദിക്കുന്ന ആളുകളുണ്ട് അവരോട് ഇയാൾക്ക് ഉപേക്ഷ അല്ല മൈൻഡ് ചെയ്യുന്നില്ല അവരൊക്കെ അവരെന്ത് വിമർശിച്ചോട്ടെ ഞാൻ എന്റെ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവും എന്ന് നിശ്ചയിച്ച് ആര് കടന്നു പോകുന്നുണ്ടോ മധ്യമന്മാരാണെന്ന് പറയണം അതായത് ആരൊക്കെ വിമർശിച്ചാലും ആരൊക്കെ നിന്ദിച്ചാലും തന്റെ ഭഗവത് ഭക്തി ഉറപ്പിക്കുന്നതിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവാൻ ആർക്ക് സാധിക്കുന്നുണ്ടോ അവരെയൊക്കെ മധ്യമ ഭക്തന്മാരാണെന്ന് ഞാൻ പറയും എന്നാൽ ഇതിലേക്കും എത്താത്ത കുറെ ആളുകളുണ്ട് അവരതിനും താഴെയിരിക്കുന്നു അവരാരാണ് മൂന്നാമത്തെ തട്ടിൽ ശരിക്കും അവരെ ഉള്ളവരെ പറയേണ്ടത് ഉത്തമൻ കഴിഞ്ഞാൽ താഴെ മധ്യമനാണ് മധ്യമൻ കഴിഞ്ഞാൽ താഴെ പറയേണ്ടത് സംസ്കൃത നിയമപ്രകാരം അധവനാണ് പക്ഷേ ഭാഗവതത്തിൽ അധവനില്ലേ അവരെയാണ് മൂന്നാമത്തെ തട്ടിൽ താഴത്തെ തട്ടിലിരിക്കുന്നവരെ ഭാഗവതം പ്രാകൃതൻ എന്ന് വിളിച്ചിരിക്കുന്നു ആരാണവൻ ഈ അർച്ചയാമേവ ഹരേ പൂജാ യശ്രദ്ധയേ ഹൽ ഭക്തേഷു ജന്യേഷു പ്രാകൃത സ്മൃത സഭക്ത പ്രാകൃത ആ ഭക്തൻ പ്രാകൃതനാണ് ഏറ്റവും താഴെ തട്ടിലിരിക്കണം അയാളുടെ പ്രത്യേകത എന്താണ് ഏവഹരേ അർച്ചാതാൽ വിഗ്രഹ അർത്ഥം ഒരു വിഗ്രഹത്തിലോ ഫോട്ടോയിലോ മാത്രം ഈശ്വരനെ കാണും നക്തേഷു ഭക്തന്മാരോടൊന്നും അയാൾക്ക് യാതൊരു ഇതുമില്ല ന അന്യേഷു മറ്റുള്ളവർക്കൊന്നും വേണ്ടി നന്മ ചെയ്യുന്ന പ്രശ്നമില്ല അമ്പലത്തിൽ പോവും ഒരു രൂപ ഭണ്ഡാരത്തിലിടും തൊഴും പോവും ഇങ്ങനെ മറ്റുള്ളവരിലൊന്നും ഒരു മഹത്വവും കാണാതെ നന്മയും ചെയ്യാതെ ജീവിക്കുന്ന ആളുകളെ പ്രാകൃത സ്മൃത അവൻ ഭക്തിയുടെ ഏറ്റവും താഴ്ന്ന തട്ടിൽ കിടക്കുന്നവനായിട്ടാണ് ഇവിടെ ഭക്തോത്തമനായ ഹരി പറയുന്നത് ഭാഗവതം വായിക്കുമ്പോഴേതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ പൊതുവെ നമ്മളൊക്കെ ധരിച്ചത് അമ്പലത്തിൽ പോയി തൊഴുത് പ്രദക്ഷിണം വെച്ച് ഭണ്ണാരത്തിലെ ഒരു രൂപീട്ട ഭക്തിയെ ഭാഗവതം പറയുന്നു അങ്ങനെയുള്ള ഭക്തൻ എന്ന് ഭക്തിയുടെ ഏറ്റവും താഴ്ന്ന തട്ടിൽ കിടക്കുന്നവനാണവൻ അപ്പൊ അത് ചെയ്യരുതെന്നാണോ പറയുന്നത് അതിലൂടെ തന്നെ കടന്നു നമ്മുടെ പൂർവികന്മാരെ ക്ഷേത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അതിൽ നിന്നൊക്കെ അതിലൂടെ കടന്നു അതിലൂടെ പടിപടിയായിട്ട് ഭാഗവതോത്തമനായി തീരാനാണ് എല്ലാവരിലും ഈശ്വര ഒരു ചൊല്ലറയുടെ കടയിൽ ചെന്നാൽ ഏതാവരണത്തിലും അയാൾക്ക് സ്വർണം കാണാൻ സാധിക്കുന്നത് പോലെ ഒരു ഫിസിസിസ്റ്റ് ഈ ലോകത്തിൽ മുഴുവൻ അണുക്കളെ കാണുന്ന ആറ്റം കാണുന്നത് ഒരു ബയോളജിസ്റ്റിന്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സെല്ലുകൾ കാണുന്നത് ഒരു ഡോക്ടറെ എടുത്ത് ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൊരു രോഗത്തെ ഒരു അണുക്കളെ കാണുന്നത് സൂക്ഷ്മമായി ഈ പ്രപഞ്ചത്തിൽ എല്ലാവരിലും ഇരിക്കുന്നത് ഈശ്വര ചൈതന്യമാണെന്ന ബോധത്തിലേക്ക് നമുക്ക് ഉയരാനാണ് എല്ലാം വെച്ചിരിക്കുന്നത് അപ്പോ പ്രാകൃതൻ മദ്യമൻ ഉത്തമൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഉത്തമഭക്തനായിട്ട് ഉയരാത്തതിന് കാരണം അതിന് കാരണം മായയാണെന്ന് പറയുകയാണ് അടുത്ത ശ്ലോകത്ത് അടുത്ത ചോദ്യത്തിന് ഉത്തരമായിട്ട് അപ്പൊ ചോദിക്കുകയാണ് മായയിൽ നിന്നും ഉക്തനാവാൻ എന്താവാ മാർക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് മായയെ മനസ്സിലാക്കണം എന്താ മായ എന്ന് പറഞ്ഞാൽ പറയണോ മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ പേരല്ല നമ്മുടെ ഭാരതീയ സംസ്കൃത സംസ്കൃതിയില് മായ എന്ന് പറയുന്നത് ഒരു ശക്തിയാണ് എവിടെയിരിക്കുന്നു ആ ശക്തി നമ്മുടെ തന്റെ മനസ്സിലിരിക്കുന്നു ആ ശക്തി എന്ത് ചെയ്യുന്നു ആ ശക്തി രണ്ടു തരത്തിൽ ദ്രോഹം ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണത് കണ്ണിലൂടെ കാണുന്നതൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മളോടത് പറയുന്നു എന്നാൽ എപ്പോഴും കൂടെയുള്ള ഒരു ഈശ്വര ചൈതന്യം അത് നമ്മുടെ കൂടെ ഇല്ലാത്തതാണെന്നും നമ്മളോട് പറയുകയാണ് എന്താ മനസ്സിലായില്ല കണ്ണിലൂടെ കാണുന്ന ബന്ധങ്ങളൊക്കെ എപ്പോഴും കൂടെയുണ്ടാവും എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മളെ നമ്മളാക്കി ഈശ്വര ചൈതന്യം അത് നമ്മുടെ കൂടെ എപ്പോഴുമില്ല എന്ന് ഈശ്വരൻ അകലെയാണെന്ന് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുവെച്ചാൽ ഈശ്വരൻ കൂടെയില്ല എന്ന തോന്നൽ വരുമ്പോ നമ്മൾ തളർന്ന് അവചരായി പോകുന്നു ഈ തളർച്ച ഒഴിവാക്കാൻ ഒരൊറ്റ മാർഗം കൂടെ എപ്പോഴും ആരെങ്കിലും ഉണ്ടാവുകയാണെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു വശത്ത് മനസ്സ് നമ്മളെ വഞ്ചിക്കുന്നത് നമ്മളാരും അറിയുന്നില്ല സത്യത്തെ അസത്യമായിട്ടും അസത്യത്തെ സത്യമായും തോന്നിക്കുന്ന ശക്തിക്കാണ് മായ എന്ന് നമ്മുടെ ആചാര്യന്മാരെ വിളിച്ചിരിക്കുന്നത് മായ രണ്ട് അക്ഷരങ്ങളാണല്ലോ അതിലുള്ളത് മാ എന്ന് പറഞ്ഞാൽ അല്ലാത്തത് യാ എന്ന് പറഞ്ഞാൽ എന്ത് നാം കാണുന്നുണ്ടോ തോന്നുന്നുണ്ടോ അത് അതുപോലെയല്ല എന്ന് പ്രിയാണ് എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ എപ്പോഴും ഉണ്ട് എന്ന് മനസ്സ് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വിവേകത്തോട് പറയണം അതെപ്പോഴും കൂടെയില്ലയാണ് കാരണം വന്നതൊറ്റക്കെയാണ് പോകുന്നതും ഒറ്റയ്ക്കാണ് ഇത് താൽക്കാലമുള്ള ഒരു കോൺട്രാക്ട് ദാറ്റ് ഇസ് ഒരു ബന്ധം അത് വിട്ടു പോവേ പോയേ പറ്റുള്ളൂ എനിക്ക് ഞാൻ അതിലൂടെ തന്നെ കടന്നു പോവുകയും വേണം അത് വിട്ടു പോവുകയും വേണം സംയോഗ വിയോഗം പ്രകൃതിയുടെ നിയമമാണ് എന്നാൽ കൂടെയുള്ളതാരാണ് വിവേകത്തോടുകൂടി പറഞ്ഞുറപ്പിക്കണം അച്യുതൻ മാത്രമാണ് കൂടെയുള്ളത് ഭഗവൽ ശക്തി മാത്രമാണ് കൂടെയുള്ളത് ഞാൻ ജനിച്ചപ്പോ ഏതൊരു ഭഗവത് ശക്തിയാണോ എന്നെ ഒരു ശിശുവാക്കി നിലനിർത്തിയത് അതേ ഭഗവത് ശക്തി ഇപ്പോഴും ഈ പ്രായത്തിലെന്നെ ഞാനാക്കി നിലനിർത്തിയിരിക്കുന്നു എന്റെ ശരീരത്തിന് മാറ്റം വന്നിട്ടുണ്ട് അംഗങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്റെ അഹങ്കാരത്തിന് മാറ്റം വന്നിട്ടുണ്ട് ചിന്താഗതികൾക്ക് മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ എന്നെ ഞാനാക്കി വച്ചിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിന് ഒരു മാറ്റവും ഇതുപോലെ ഇതുവരെ വന്നിട്ടില്ല ഇന്നും ഞാൻ ഞാനാണ് അന്നും ഞാൻ ഞാൻ തന്നെയായിരുന്നു ഇനി നാളെയും ഞാൻ ഞാൻ തന്നെയായിരിക്കും എന്നും എന്നെ ഞാനാക്കി വെച്ചിരിക്കുന്ന ആ ഈശ്വര ചൈതന്യം തന്നെയാണ് എപ്പോഴും എന്റെ കൂടെയുള്ളതെന്ന ബോധം ഉറപ്പിക്കണം അതെങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും അവൻ എന്താണ് ചെയ്യേണ്ടത് അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് പ്രബുദ്ധൻ എന്ന് പറയുന്ന മഹാത്മാവ് പ്രബുദ്ധൻ എന്നുള്ള പ്രകർഷേണ ബോധം തെളിഞ്ഞവൻ അദ്ദേഹം പറയുന്നു തസ്മാൽ ഗുരും പ്രബദ്ധേത ജിജ്ഞാസു ശ്രേയ ഉത്തനം ശാദ്ദേഷ്ണാദം ബ്രഹ്മണി ഉപശമാശ്രമം അതിനൊറ്റ മാർഗമേയുള്ളൂ ഗുരുവിനെ ശരണം പ്രാപിക്കുക പോയി ഗുരുവിന്റെ അടുത്ത് പോകും അപ്പോഴാണ് നമുക്ക് ഇതൊന്ന് മുക്തമാവാൻ സാധിക്കുള്ളൂ അപ്പൊ ചോദ്യം ചോദിക്കുകയാണ് ഏത് ഗുരുവിനെ ശരണം പ്രാപിക്കണം എവിടെയാണ് ആ ഗുരുവിനെ കണ്ടുകിട്ടാൻ പറ്റുക ഹിമാലയത്തിൽ പോണോ അതോ എറണാകുളത്ത് കിട്ടുമോ അങ്ങനെ ഒരു ഗുരുവിനെ അടുത്ത് വേഗം ഇതൊക്കെ ഉയർത്തിത്തരാൻ പറ്റുന്ന ഒരു ഗുരു ഉടനെ പറയുകയാണ് ഗുരുവിനെ അന്വേഷിച്ച എവിടെയും പിന്നെ എവിടെയുണ്ട് ഗുരു തത്ര ഭാഗവതാന്തർ ശിക്ഷേ ഗുരുവാത്മദേവത ായിട്ടെടുക്കുന്ന ഭാഗവതം പറയുന്നത് ഇതെങ്ങനെ ഗുരുവായിട്ടെടുക്കുക ഗുരു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനല്ലേ ജീവിച്ചിരിക്കുന്ന വ്യക്തിയല്ലേ ഇതൊരു പുസ്തകമല്ലേ പുസ്തകത്തെ ഗുരുവായിട്ടെടുക്കോ ഇത് പുസ്തകമായി കാണുന്നതാണ് അവിവേകം എന്ന് പറയുന്നത് ഈ ഭാഗവതത്തെ നമുക്ക് ഗുരുവായൂരപ്പനായിട്ട് കാണാൻ സാധിക്കണം അത് കാണാൻ സാധിക്കണമെങ്കിൽ ഭാഗവതം പഠിക്കണം കേൾക്കണം അപ്പൊ നമുക്ക് മനസ്സിലാവും ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് തന്റെ സർവ തേജസ്സും കൊടുത്തിരിക്കുന്നത് ഭാഗവതത്തിലേക്കാണ് അവിടെ വെച്ച് പ്രഭാസതീരത്തിൽ വച്ച് ഭഗവാൻ ബുദ്ധകരോട് പറയുന്നു എന്റെ എല്ലാ തേജസ്സിനെയും ഭാഗവതോ അതാൽ ഞാൻ ഭാഗവതത്തിലേക്ക് കൊടുക്കുന്നു അങ്ങനെ ഈ ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായി മഹാത്മ്യത്തിൽ പറയും ഈ ഭാഗവതം എന്ന് പറയുന്ന തേനേയം വാങ്മയീ മൂർത്തി പ്രത്യക്ഷാവത്തേ ഹരി ഭഗവാന്റെ വാങ്മയീ മൂർത്തിയാണ് ഈ ഭാഗവതം ഭാഗവതത്തിൽ പറയും ഈ ഭാഗവതം എന്ന് പറയുന്നത് ശ്രീമൽ ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസിമയാനാഥ മുക്യർത്ഥം ഭവസാഗരേ ഈ ദുഃഖങ്ങളുടെ വേദനകളുടെ സാഗരത്തിൽ നിന്നും നമ്മളെ ഉയർത്താൻ പറ്റിയ ഗുരുവാണ് ഭാഗവതം കാരണം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് അതുകൊണ്ട് എന്ത് വേണം ശ്രദ്ധാ ഭാഗവതേ ശാസ്ത്രേ അനിന്യമന്യത്രാവി മനോമാക്കർമ്മനന്ദം ച സത്യം ചമതമാമപി ഈ ഭാഗവതമാകുന്ന ശാസ്ത്രത്തിൽ നല്ലവണ്ണം ശ്രദ്ധ വേണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളും എനിക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്ന് നല്ല ബോധ്യത്തോടുകൂടി ഇത് പഠിക്കണം ഇത് കേൾക്കണം പഠിക്കണം സത്യം അപ്പോൾ മനസ്സിലാവും നമുക്കുള്ള പറയുന്നു ഭാഗവത വിചാരം ചെയ്യാൻ ഭാഗവതം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ ഭാഗവതത്തിൽ നല്ലവണ്ണം ശ്രദ്ധ വേണം എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കണം ഇത് മനനം ചെയ്യണം പഠിക്കണം അതുകൊണ്ട് ഭാഗവതം ഉപസമരിപ്പിക്കുമ്പോൾ നാളെ പറയും ശ്രീമൽ ഭാഗവതം പുരാണതിലകം യത് വൈഷ്ണവാതം യൻ പാരമഹംസ്യമേവലം ജ്ഞാനം പരം ഗീയത എത്ര ജ്ഞാനവിരാഗത്തിസൈതം നൈഷ്ക്യമാവിഷ്കൃതം തശൻ വിഭടൻ വിചാരണപരു ഭക്യാമുച്യേന്ദര തത് ശൃൻ ഈ ഭാഗവതം കേൾക്കുന്നവൻ ശൃവൻ വിപടൻ വിചാരണ പരോ ഇത് കേൾക്കുന്നവൻ പഠിക്കുന്നവൻ എഴുതി വെച്ചിട്ടുണ്ട് ഭാഗവത്തിൽ പിരിന്ന് പഠിക്കണം നമ്മൾ മെനക്കെടണം വിചാരണ പരോ ജീവിതത്തിൽ ഇത് വിചാരം ചെയ്യണം അങ്ങനെയൊക്കെ ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഭക്തിയിലൂടെ നമ്മുടെ വിഷമങ്ങളെ പരിഹരിക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഈ ഭാഗവതത്തെ ഗുരുവായിട്ട് കാണോ അപ്പൊ വേണം ശ്രവണം കീർത്തനം ധ്യാനം ഹരേരത്ഭുതകർമ്മ ജന്മകർമ്മ ഗുണാനം ചടത്തെ ചേട്ടം പരസ്പരാകം പാവനം ഭഗവലയശ മിതോ രതിർമ്മസ്തുഷ്ടേ നിന്നമരന്ത ും ഭക്യാ സഞ്ചായതാ ഭക്തിയാ വിപ്രതി ഉപ്പുളകം തനും ഈ ഭാഗവതം ശ്രവണം ചെയ്യണം കീർത്തനം ചെയ്യണം ധ്യാനം ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് സ്മരന്തസ്മാരയന്തശ സ്മരിക്കണം പറ്റിയ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം വീട്ടിലൊക്കെ ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഈ ഭാഗവതം വായിക്കുകയും കഥ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊക്കെ തുറച്ചു കിട്ടും അങ്ങനെ ഭക്തിയിലൂടെ ഭക്തി വരുന്നതാണ് ഭക്തി രണ്ട് തലത്തിലാണ് ഇരിക്കുന്നത് ഒന്ന് മനസ്സിനെ പ്രേരിപ്പിക്കണം ഒന്ന് അമ്പലത്തിൽ പോ മനസ്സേ കുറച്ചു നേരം പ്രതീക്ഷണം വെക്കി മനസ്സ് നാമം ചൊല്ലു മനസ്സേ ഇതൊക്കെ ചൊല്ലുമ്പോഴും മനസ്സ് പറയും ആ ഹോട്ടലിലെ നേറോസ് നന്നായിട്ടുണ്ട് തോന്നും മനസ്സപ്പോഴേക്കും പോയി ഹോട്ടലിലേക്ക് അങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരണം ആ മനസ്സിന്റെ സ്വഭാവമാണ് എത്ര നമ്മൾ അമ്പലത്തിൽ പോയാലും അതൊക്കെ പോയാലും മനസ്സ് അങ്ങോട്ട് പോവും ഗുരുവായൂരിലേക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഗുരുവായൂരപ്പനെ വിചാരണ്ടാവുള്ളൂ അവിടെ എത്തുമ്പോൾ ഏത് ലോഡ്ജിലാണ് താമസിക്കേണ്ടതെന്നാണ് എത്ര ബെഡ്റൂം വേണം എങ്ങനെയുള്ളതായിരിക്കണം യൂറോപ്യൻ ക്ലോസറ്റ് വേണോ ഓർഡിനറി ക്ലോസറ്റ് വേണോ ഇവിടുന്ന് ഗുരുവായപ്പൻ അവിടുന്ന് ക്ലോസറ്റ് ഇതാണ് നമ്മുടെ ഭക്തി പറയുന്നത് തമാശയല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ് ഞങ്ങൾ ചില തീർത്ഥാടനങ്ങൾക്കൊക്കെ പോകുമ്പോൾ ആദ്യം ചോദിക്കുക സ്വാമി യൂറോപ്യൻ ക്ലോസറ്റുള്ള റൂം കിട്ടുമെന്നാണ് അപ്പൊ നമ്മൾ വരെ നിങ്ങളൊരു കാര്യം ചെയ്താൽ തലയിൽ വെച്ച് നടക്കുമെന്ന് ഇതും കൊണ്ട് ഇതൊന്ന് അന്വേഷിച്ച് നടക്കാൻ പറ്റുമോ നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടോ നിങ്ങൾ അവിടെ നല്ലത് എന്താ ഉള്ളത് അതിനനുസരിച്ച് ഉപയോഗിച്ച് പോവുക എന്നല്ലാതെ ഇതാണ് അവ നമ്മുടെയൊക്കെ അനുഭവം വരെയാണ് അപ്പോൾ ഭക്തിയിലൂടെ ഭക്തി നേടണം എന്താ ഭക്തിയിലൂടെ ഭക്തി പറഞ്ഞാൽ ഒന്ന് പ്രേരിതമാണ് ഒന്ന് സ്വാഭാവികമാണ് പ്രഹ്ലാദൻ പറയുന്നു പശു ഭക്ഷണം കഴിക്കുമ്പോൾ അത് വീണ്ടും അയവിറക്കും അത് വീണ്ടും വന്ന് വായിൽ വന്ന ചവച്ചരയ്ക്കാൻ പറ്റും ഇതുപോലെ കേത്തതിനെ വേണ്ട സമയത്ത് ചവച്ചരയ്ക്കാൻ സാധിക്കുക സ്മരിക്കാൻ സാധിക്കുക സ്വാഭാവിക ഭക്തിയാണ് അത് നമുക്ക് സ്വയം തോന്നണമെന്ന് പറയാണ് ആ തോന്നൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അങ്ങനെയാണെങ്കിൽ ജീവിതം ധന്യമാവാം ധന്യമാക്കാം എന്ന് പറഞ്ഞ് ഇനി പറയുന്നു ധ്യാനത്തെ പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ ധ്യാനം പറഞ്ഞാൽ ആളുകൾ ശരിക്കും ധ്യാനിക്കുന്നു എന്ന് വെച്ചാൽ ആ സമയം ധ്യാനം പറഞ്ഞാൽ ഓന്ന് പറയുമ്പോഴേക്കും പിന്നെ നമ്മൾ ശരിക്കും മറ്റ് ധ്യാനങ്ങളിലേക്ക് പോവും അതുകൊണ്ടത് നാളെ രാവിലെ നോക്കാം നമുക്ക് പിന്നീട് നാളെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ ഉദ്ധവോപദേശമാണ് അതൊക്കെ കഴിഞ്ഞ് ഉച്ചയോടുകൂടി നമ്മൾ ഒരു മണിയോടുകൂടിയിട്ട് ഈ ഭാഗവത സപ്താഹ യജ്ഞം നാളെ രാവിലെ മുതൽ നമുക്ക് കാണേണ്ട ഭാഗങ്ങളൊക്കെ അതി അതി ഭാഗങ്ങളാണ് എല്ലാം നാളത്തേക്ക് വെച്ചുകൊണ്ട് ഉപസംരിപ്പിക്കുന്നു നാളെ യജ്ഞം ഉപസംരിപ്പിക്കുന്ന ദിവസമാണ് അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ അനൗൺസ് ചെയ്യാനുള്ളത് നവംബറിൽ അടുത്ത ഈ ടു തൗസൻഡ് നവംബറിൽ പതിനാറാം തീയതി മുതൽ പതിനാറ് പതിനൊന്ന് മുതൽ ഇരുപത്തൊൻപത് പതിനൊന്ന് വരെ അതായത് നവംബർ മാസം അവസാനം വരെ ദ്വാരകയിൽ വച്ച് ഒരു സപ്താഹം നടത്തുന്നുണ്ട് ആർക്കെങ്കിലും വരണമെന്ന് മോഹമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന ഭക് ഭക്തസേവാ സമാജം എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തെ ശിവക്ഷേത്രത്തിനടുത്ത് അവിടെ ഒരു ഭുവനേശ്വരി റോഡില് അവിടെ ഒരു ഓഫീസുണ്ട് അവിടെ ശ്രീകൃഷ്ണയർന്നുമായിട്ടൊരാളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാൻ സാധി ശ്രമിച്ചാൽ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗോപിച്ചേട്ടനോട് ചോദിച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് കൊടുക്കാം എടപ്പള്ളിയിൽ അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മാസം അതായത് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ കപിലാശ്രമത്തിൽ സപ്താഹമുണ്ട് കപിലാശ്രമം എന്ന് പറയുന്നത് കാശ്മീരിനും ഹിമാചൽ പ്രദേശിനും ബോർഡറിലാണ് അതായത് പതാൻകോട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് അവിടെയാണ് അത്ര ഭഗവാൻ കപില മഹർഷി തൻ്റെ അമ്മയ്ക്ക് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തതെന്ന് കപില ഉപദേശം കൊടുത്തതെന്ന് അപ്പൊ അതിനടുത്ത് ചിമ്മയാനന്ത സ്വാമികളുടെ സമാധി സ്ഥലമുണ്ട് അവിടെ വെച്ചിട്ടായിരിക്കും ഭാഗവത സപ്താഹം നടത്ത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുള്ളവരും ഗോപിച്ചേട്ടൻ്റെ അടുത്ത് പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ കളക്ട് ചെയ്യാം ആ സപ്താഹയജ്ഞം കഴിഞ്ഞിട്ട് നേരെ വൈഷ്ണവീ ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതിട്ടൊക്കെയാണ് തിരിച്ചു വരിക അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് വേണ്ടവർക്ക് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നാളെ യജ്ഞം ഉപസമരിപ്പിക്കുന്ന ദിവസമാണ് ഗുരുദക്ഷിണ തരണം എന്ന് നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാണ് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഗുരുദക്ഷി ആരായിരുന്നു കൊടുക്കുക അപ്പോൾ ഗുരുദക്ഷിണ സമർപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ കാശ് അല്ലെങ്കിൽ പണം എന്തിനുപയോഗിക്കണമെന്നുള്ളതാണ് ഒന്ന് അതുപയോഗിക്കുന്നതൊക്കെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത് കുറേ പുസ്തകങ്ങളൊക്കെ പ്രിന്റിംഗ് ലെവലിൽ നിൽക്കുന്നുണ്ട് അതൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ തന്നെയാണ് നിൽക്കുന്നത് വയ്ക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളതിൽ ദക്ഷിണിടുമ്പോൾ നിങ്ങളുടെ പൂർണ്ണ മേൽവിലാസം എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യും നിങ്ങൾ ഇതുവരെ സപ്താഹിക്യങ്ങളിൽ പങ്കെടുത്തവർക്ക് അഡ്രസ് തന്നിട്ടുള്ളവർക്ക് നിങ്ങൾക്കറിയാം കത്തുകൾ വന്നിട്ടുണ്ടാവണം കോൺടാക്റ്റുകൾ വന്നിട്ടുണ്ടാവണം ഇനി വന്നിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവണം ആയിരക്കണക്കിന് കത്തയക്കുമ്പോൾ നമ്മൾ ആദ്യം പരീക്ഷണാർത്ഥ കാർഡ് അയച്ച് നോക്കിയിട്ടുണ്ട് അതിലൊരു പത്തിരുന്നൂറെണ്ണം തിരിച്ച് വന്നിട്ടുണ്ട് അതൊന്നുകിൽ പോസ്റ്റ്മേന്റെ കംപ്ലയിന്റ് ആയിരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ചില അഡ്രസ്സിൽ പിൻകോഡ് ഇല്ലെങ്കിൽ കാർഡുകൾ പോവില്ല പലതും പോവില്ല അപ്പൊ നിങ്ങളുടെ പൂർണ്ണ മേൽവിലാസം എഴുതിയിട്ടാണ് തരുന്നതെങ്കിൽ കത്ത് വന്നിരിക്കും തീർച്ചയായിട്ടും പലർക്കും വന്നിട്ടുണ്ട് യാതൊരു സംശയവുമില്ല കാര്യത്തിൽ അപ്പോ അങ്ങനെ നിങ്ങൾ ഗുരുദക്ഷിന് സമർപ്പിക്കുന്ന നിങ്ങൾക്കൊരു കവറ് തരും അതിൽ പൂർണ്ണ മേൽവിലാസം എല്ലാവർക്കും ഇവിടെ ചൊല്ലുന്ന ദിവസവും ചൊല്ലുന്ന കീർത്തനങ്ങൾ പ്രിന്റ് ചെയ്ത പുസ്തകം വന്നിട്ടുണ്ട് അതെല്ലാവർക്കും തരുന്നതായിരിക്കും നാളെ യജ്ഞ ഉപസംഹാര സമയത്ത് സമർപ്പിക്കുന്ന സമയത്ത് താളെ പന്ത്രണ്ടരയോട് കൂടിയിട്ട് ഈ യജ്ഞം ഉപസമരിപ്പിക്കുകയും ചെയ്തു സർവത്ര ഗോവിന്ദദാവസങ്കീർത്തന ഗോവിന്ദ ഗോവിന്ദ തൃക്കയിൽ വെണ്ണയും വെച്ചടിയടിയടിയായി കൊഞ്ചിനീ മുകുന്ദ തൃപ്പാദം കുമ്പിടുന്നേ അടിയനരഭയം നൽകണേ വാസുദേവ തൃക്കോവിൽ കണ്ണനായി കൃപചൊരിയുകയൻ ഉള്ളിലെന്നും മുരാരെ ശ്രീകൃഷ്ണാത്തോങ്ങവേണം നി പ്രേമസാന്നിധ്യമെന്നും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തമഹരെ ജയ ഗോവിന്ദ േ ജയ ഗോവിന്ദ രാമ ഹരേ ജയ കൃഷ്ണ ഹേ ജയ രാമ കൃഷ്ണ ഗോവിന്ദമ ഹരെ ജയ ഗോവിന്ദ ഹേ ജയ ഗോവിന്ദ േ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ മധുരം മധുരം ഹരിനാമം മാമകരസമുനിഷം അലയാ അലയാ ഉയരും ൂ കുളിർഷ്പാമ ഹരെ ജയ ഗോവിന്ദ കൃഷ്ണ ഹരെ ജയ ഗോവിമ ഹരെ ജയ കൃഷ്ണ ഹരെ ജയ രാമ കൃഷ്ണ ഗോവിന്ദ മധുരം മധുരം ഹരിനം മകരസനൈലനുനിമിഷം അലയാ അലയാ ഉയരുമ്പോൾ ആനന്ദത്തിൻ കുളിർബാഷ്പം രാമഹരേ ജയഗോവിന്ദ കൃഷ്ണഹരേ ജയഗോവിന്ദ രാമ ഹരേ ജയ കൃഷ്ണ ഹരി ജയ രാമ കൃഷ്ണോ ഗോവിന്ദ കണ്ണു കളിടമുറിവീ തൂകും പൂർണാനുഗ്രഹദിനമെന്നോ അന്നാളന്നാളെന്ന വരം ളിന്ദ വരം രാമ ഹരേ ജയ ഗോവിന്ദ കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ രാമ ജയ കൃഷ്ണ ജയ രാമ കൃഷ്ണ ഗോവിന്ദ ലൗകികസുഖശതലോഭങ്ങൾ ആകെ അഗന്നം ഹൃദയാന്ദം പാവനമാകത്താൽ ഭാവസ്പന്ദനമേൽക്കുംബോ രാമ ഹരേ ജയ ഗോവിന്ദ കൃഷ്ണ ഹരി ജയ ഗോവിന്ദ യ കൃഷ്ണ ഹരേയ രാമ കൃഷ്ണ ഗോവിന്ദ പുലക ചാർത്തടി മുടിയന്മേൽ ാളെന്നു വരം രാമ ഹരേ ജയ ഗോവിന്ദ കൃഷ്ണ ഹരിയോവിന്ദമ ഹരേ ജയ കൃഷ്ണ ഹരി ജയ രാമ കൃഷ്ണ ഗോവിന്ദ മധുരം മധുരം ഹരിനമം മാമകരസനൈലനുനിമിഷം अलय् अलय् जय आनंदाष्पयो േ ജയ ഗോവിന്ദ രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ മധുരം മധുരം ഹരിരാമം മാമകരസനൈലനുനിമിഷം അലയാ അലയാ ഉയരുമ്പോൾ ആനന്ദക്കും കുളിർബാഷ്പം രാമ ഹരേ ജയ ഗോവിന്ദ കൃഷ്ണ ഹരെ ജയ ഗോവിന്ദ ഹരെ ജയ കൃഷ്ണ ഹരെ ജയ രാഷ്ണോവി മധുരം മധുരം ഹരിനമം മാമകരസനയിമിഷം അലയാ അലയായ്പോൺ ുളിർബാഷ്പം രാമ ഹരേ ജയ ഗോവിഷ്ണ ഹരേ ജയ ഗോവിന്ദമ ഹേ ജയ കൃഷ്ണ ഹരേ ജയ ഗോവിത്രോവിത്തനം ഗോവിന്ദത്മാ ആനന്ദ ആത്മാ ആനന്ദ ആത്മാ ആനന്ദരമണ ആത്മാരമാനന്ദ അച്ഛത കേശവ ഹരിായ അച്ചുത കേശവ ഹരിയണയന്തിരണയരണ ശരണ ഭയ बंदिद चरणा भवभयरण बंदी दरण चरणा भूषण जीवलो जन यदु कुल भूषण राजीवलो जन यदु ീവ ലോചന ആത്മാരാ ആനന്ദ ആത്മാരമ ആനന്ദ അച്ചുത കേ അച്ചുത കേശവ ഹരിായണ ചുതകേശവ ഹരിയണ അച്യുതകരിായണ ഭവയ വന്ദിത ശരണ ഭയണ വന്ദിത ചരണു കൂലഭൂഷണരാജീവല ജലയ ദു കൂല ൂഷണ രാജീവോഷണ ആദി നാരായണ അനന്ദ ശയ ആദി നാരായണ ആനന്ദ ശയന സച്ചിദാനന്ദ സത്യാരായണ സച്ചിദാനന്ദ സത്യാരായ ത്യനാരായണ സചിത സത്യനാരായണ ആത്മാരാമ ആനന്ദമണ ആത്മാരാമ ആനന്ദമണ अर्चुकेश वरि नारायण अर्चुकेश वरि नारायण बरण वंदर हरण वंद चरण भय हरण वंद वंद चरण यदुकुभूषणीवलोचन यदुकुभ ൂഷണരാജന ആദി നാരായണ അനന്ദ ശയ ആദി നാരായണ സച്ചിദാനന്ദ സത്യനാരായണ സച്ചിദാനന്ദ സത്യ സച്ചിദാനന്ദ സത്യനാരായണ ത്മാമ ആനന്ദ ആത്മാമ ആനന്ദോവിന്ദനാമസീതം ഗോവിന്ദോദാതരമണം വൃന്ദമുര ശരണം ശ രാധാ കൃഷ്ണ ശരണം നേതവരണയുഗം ദഹേശ്വരി പാർവതി ശങ്കരി ചരണേതരണയുഗം സാംസരാശിവംഭോ ശങ്കര ചരണം നീതവരണയുഗം രിഹരപുത്രവസം ഏതവരണയുഗം രാധാരമണ മുകുന്ദം തവ ചരണയുഗം പവന പുരേജ രാധാകൃഷ്ണ ശരണേ പുഷ്പാഞ്ജലിക്ക് <laughs>